എടുത്തതല്ലേ ഉള്ളൂ നിങ്ങൾ എടുക്കുന്നത് മറ്റേതിനെ ഇപ്പോ എടുക്കണം കാരണമുണ്ടല്ലോ എത്ര ഒരാള് ദേഷ്യത്തോടുകൂടി വിഷമത്തോടുകൂടിയിട്ട് അയാളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു അത്ര നമുക്ക് ആകർഷണമല്ല ഉണ്ടാവുക വികർഷണമാണ് ഉണ്ടാവുക എത്ര ഒരാള് പ്രേമത്തോടുകൂടിയിട്ട് നിങ്ങളെ സമീപിക്കുന്നു അത്ര അതിനോടൊരു ആകർഷണം ഉണ്ടാവും അളവല്ലേ നിങ്ങളൊരു പക്ഷെ ഞാൻ പറയുന്നത് സമ്മതിച്ചതെന്ന് വരില്ല പക്ഷെ വാസ്തവം അതാണ് പരമാർത്ഥം അതാണ് ദാറ്റ്സ് എ ട്രൂത്ത് നിങ്ങളുടെ മക്കളായാലും ശരി ആരായാലും ശരി അല്ലെ ഫണ്ടമെന്റൽ ട്രൂത്ത് ആണത് അതുപോലെ നിങ്ങൾ എത്ര വിഷമങ്ങളും പരാതികളും പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഈശ്വരിൽ നിന്നും അകന്നു പോവാണ് എത്ര കണ്ടും നിങ്ങൾ പ്രേമത്തോട് കൂടിയിട്ട് വിട്ടുകൊടുക്കുന്നു നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഈശ്വരനോട് അടുക്കുന്നു ഇതല്ലേ വേണ്ടത് അപ്പൊ അങ്ങനെ അടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവണം ആരും നമ്മുടെ കൂടെയുണ്ട് ഭഗവാൻ അദ്ദേഹം ഓരോന്ന് നമ്മളെ നിയോഗിച്ചു വച്ചിട്ടുണ്ട് ആ നിയോഗം ഇങ്ങനെ വരും അത് പോവും എന്താണ് കൂടുതൽ കാലം ഭാര്യാവർത്ത ബന്ധത്തിലിരിക്കേണ്ടി വരും കൂടുതൽ കാലം മക്കളുടെ കൂടെ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പം ഒരാൾ നേരത്തെ പോവും കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ടി വരും ഇങ്ങനെ പലതും പലതും പലർക്കും തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്നും മാറാൻ ഇത് ഭഗവാൻ എഴുതി വെച്ചു എന്ന് പറയരുതേ എഴുതി വെച്ചതൊക്കെ നമ്മുടെ കർമ്മങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ കാലമാകുന്ന ഭഗവാൻ അത് സമയാസമയത്ത് എത്തിച്ചു തരും രാവിലെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തിച്ചു തരും ഉച്ചയാകുമ്പോൾ ലഞ്ച് എത്തിച്ചു തരും വൈകുന്നേരം ആവുമ്പോൾ സൂപ്പ് തരും രാത്രിയാകുമ്പോൾ ഡിന്നർ തരും അതങ്ങനെ നിയോഗം വന്നു ഇനി നീക്കത് മാറ്റാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ കുടിക്കാതെ കളയാം അല്ലെങ്കിൽ കുടിച്ചു കളയാം എങ്ങനെയായാലും കളയണം അത് കാര്യം ഇതാണ് സത്യം അതുകൊണ്ട് മനസ്സിലാക്കി വയ്ക്കും അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഈ ശ്ലോകം നിങ്ങൾ മറക്കരുത് എന്താണ് ആ ശ്ലോകം അവജാനന്ദിമാമൂഢ മനുഷ്യം തനുമാഷിതം പരംഭാവമജാനന്ദ മമഭൂത മഹേശ്വരം എല്ലാവരിലും മഹേശ്വരനായി ആരുണ്ട് എന്റെ കൂടെ എപ്പോഴും ആരുണ്ട് ഇനി ഒരു നാളികേരം മുട്ടിച്ചിട്ട് വേണ്ട ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ട ഉറപ്പിക്കണം എന്നിട്ട് പറയുന്നു അതുകൊണ്ട് സതതം കീർത്തയന്തോമാംന്തശ്ചൃഢ്രത നമസ്താവുപാസദേ അപ്പൊ നിങ്ങൾക്കുള്ള ജോലി എന്താണ് ഭഗവാൻ പറയുന്നത് സതതം കീർത്തയെന്തോ സതതം എല്ലായ്പ്പോഴും നോക്ക് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ശരീരത്തിന് അശുദ്ധി ഉണ്ടെങ്കിൽ എന്നെ നാമം ജപിക്കരുതെന്ന് ഉണ്ടോ സതതം സതതം എന്ന് പറഞ്ഞാൽ കാലദേശങ്ങളൊന്നും നോക്കരുത് അപ്പൊ മനസ്സിനെ ഭഗവാനിലേക്ക് എത്തിക്കാൻ അതിന് പ്രത്യേകിച്ച് കാലദേശങ്ങളൊന്നും ഇല്ല സതതം കീർത്തയെന്തോ മാം അപ്പൊ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ നിങ്ങൾ ഉയരണം കുളിച്ചാലേ ഭാഗവതം വായിക്കാൻ പാടുള്ളൂ കുളിച്ചാലേ അത് വായിക്കാൻ പാടുള്ളൂ കുളിച്ചാലേ അങ്ങനെയൊന്നുമില്ല ശരീരത്തിന്റെ ശുദ്ധാശുദ്ധങ്ങളൊന്നും ആർക്ക് ബാധകമല്ല മനസ്സിന്റെ ബാധകമല്ല അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരീരശുദ്ധിയല്ല മനസ് മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത് എന്താണ് മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചിരുന്ന് ദുഃഖിക്കുക വരുന്നതിനെക്കുറിച്ചിരുന്ന് പരിഭ്രമിക്കുക അത് രണ്ടും മനസ്സിന്റെ ശുദ്ധിയാണ് അപ്പൊ കഴിഞ്ഞു പോയത് ഭഗവത് നിയോഗം സ്വീകരിക്കുക വരാൻ പോകുന്നത് ഭഗവാൻ നിശ്ചയിച്ചതാണ് ഞാൻ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഇങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ട് പറയുന്നു അതുകൊണ്ട് മാം സതതം കീർത്തയെന്തോ എന്നിട്ടോ യഥെന്ത നിങ്ങളുടെ യത്നം യഥെന്താന്ന് പറഞ്ഞാൽ യത്നം എന്താ നിങ്ങളുടെ യത്നം ദൃഢവ്രത നിങ്ങളുടെ വ്രതം എന്തായിരിക്കണം എന്ത് വ്രതമാണ് നോൾക്കേണ്ടത് നിങ്ങൾ എന്നിൽ മനസ്സിനെ ദൃഢമാക്കി വെക്കണം അതാണ് വ്രതം അപ്പൊ ഏത് വ്രതമാണ് നമ്മൾ നോർക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ചയിൽ നാളെ ഏകാദശിയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഗോതമ്പ് വ്രതമുണ്ട് ഏ ഏകാദശി എന്ന് തന്നെ ഗോതമ്പാണ് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ഒരു അന്ധവിശ്വാസം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി മാറ്റാൻ പറ്റില്ല അത് കാരണം ദിവസം ഗോതമ്പ് കഴിച്ചിട്ടില്ലെങ്കിൽ ദൈവം നമ്മളെ പണിഷ് ചെയ്യുന്നുള്ളൊരു തീരുമാനത്തിലെത്തി കഴിഞ്ഞു നമ്മൾ അപ്പനിയിപ്പൊ അതിന്റെ ഒരു കുറവ് കാരണം ദൈവത്തിന്റെ അവിടെ ഗോതമ്പ് കിട്ടുന്ന പോലെയാണ് കഴിക്കുന്നത് നമ്മള് ചില ആളുകൾക്ക് അങ്ങനെയും ചില ധാരണ ഉണ്ട് വയസ്സായപ്പോ ഒരാൾക്കൊരു ധാരണ സംസ്കൃതം പഠിക്കണം എന്ന് ചോദിച്ചെന്തിനാണെന്ന് കാരണം ദേവലോകത്തിലുള്ളവർക്കൊക്കെ മാശിയല്ല പറയുന്നത് മരിച്ചൊരു സ്വർഗത്തിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ അവിടെ ചെന്ന് പാനീ പന്നി എന്നൊന്നും പറഞ്ഞാൽ തണ്ണി എന്നൊക്കെ പറഞ്ഞാല് ഭഗവാന് മനസ്സിലാവില്ല തോയം പറഞ്ഞാൽ ഒരു പക്ഷേ ഭഗവാന് മനസ്സിലാവും ആ അപ്പൊ ഇന്നൊക്കെ പറഞ്ഞാൽ ഭഗവാന് മനസ്സിലാവും അതുകൊണ്ട് സ്വർഗത്തിൽ പോണ്ടവരൊക്കെ സംസ്കൃതം പഠിച്ചു വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ അവിടെ ചൊല്ലുമ്പോൾ ഭഗവാൻ പറയും മാലൂ നെഹിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ പറയും തമിഴ് തമിഴൻ സർദാർത്ഥിയോട് ചോദിച്ചു തമിഴ് തെരിയുമാണ് ദൈവം നേരെ കേൾക്കുന്നതിന്റെ തമിഴ് തേരി മാന്നാണ് പിന്നെ പറയേണ്ട വാക്കുകൾ ആവശ്യമില്ല അമ്മയെ ചീത്ത വിളിച്ച പോലെയാണ് തോന്നിയത് അവരുടെ പഞ്ചാബി തേരാ ബാപ്പു കുറച്ച് പുറത്തില്ല ആറ് ഇതുപോലെയാണ് അപ്പൊ നമ്മൾ പറയുന്ന ഭാഷയൊന്നും ആർക്ക് മനസ്സിലാവില്ല ദൈവത്തിന് മനസ്സിലാവില്ല അപ്പം ശങ്കരാചാര്യനോട് ശങ്കരാചാര്യ ഈ വയസ്സിനോടിച്ചു അങ്ങേ സംസ്കൃതമൊക്കെ പഠിച്ചിട്ട് ദേവലോകത്തിലെത്തിൽ അപ്പൊ നരകത്തിലാണ് എത്തുന്നെങ്കിലോന്ന് ഇദ്ദേഹം പറഞ്ഞു എനിക്ക് മലയാളം നല്ലവണ്ണം അറിയാമെന്നാണ് മനസ്സിലായി ഒരു തമാശ എന്തങ്ങനെ ഒരാൾ നരകത്തിലെത്തിയിട്ട് ഇന്ത്യയിലേക്ക് ഫോൺ ചെയ്തു പോകുന്നു യമരാജാവിനോട് പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് ലോക്കൽ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ യമരാജാവ് മൊബൈൽ ഫോൺ എടുത്തു കൊടുത്ത് അവിടെ എന്റെ മൊബൈൽ ഫോണൊക്കെ കൊടുത്തു പോകുന്ന ഭാര്യയ്ക്കൊക്കെ ചാർജ് എത്രയാണെന്ന് ഇദ്ദേഹം പറഞ്ഞു ഹെൽത്ത് ടു ഹെൽത്ത് ഫ്രീ ആണോ മനസ്സിലായില്ല റിലയൻസ് റിലയൻസ് ഫ്രീ ആണ് അതുപോലെ ഇപ്പൊ ചില കമ്പനികൾക്ക് ടാറ്റ ടു ടാറ്റ ഫ്രീ പറഞ്ഞ പോലെ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നരകമാക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈഡ് അതുകൊണ്ട് സതതം കീർത്ത എപ്പോഴും കീർത്തിക്ക സമയം കിട്ടുമ്പോഴൊക്കെ ആരിലേക്ക് ശ്രദ്ധ ബോറടിക്കുന്നു എന്നൊന്നും പറയരുത് വീട്ടിലിരുന്നിട്ട് ഒറ്റക്കാണെന്ന് പറയരുത് ഐ ആം എലോൺ എന്ന് പറയരുത് എനിക്ക് ബോറിംഗ് ഉണ്ടെന്ന് പറയരുത് അതൊന്നും പറഞ്ഞു പോകരുത് സമയം കിട്ടുമ്പോഴൊക്കെ ആരിലേക്ക് തിരിച്ചേക്കുക ഭാഗവതമോ രാമായണമോ എത്ര സൗകര്യമുണ്ട് നമുക്ക് നാരായണീയമോ എന്നിട്ട് ആളുകൾക്ക് മനസ്സിലാവില്ല സമയം കിട്ടുമ്പോൾ അവര് സമാധി സസ്യകേശവാ സമാധിയിലേക്ക് പോവും പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ അവർക്ക് സമയമില്ല ടി ഇങ്ങനെ ഒന്നുകിൽ ദൂരദർശൻ അല്ലെങ്കിൽ യാതൊരു കട്ടിൽ ദർശനമായിട്ട് അവർ തീർക്കും അതുകൊണ്ട് യഥന്തസ്ച ദൃഢവ്രത നമസ്ന്തശ മാം നിത്യം ഭക്തിയ പിന്നെ ഭഗവാൻ പറയുന്നത് പ്രാർത്ഥിക്കൂ എന്നല്ല നമസ്റ്റ എന്നിൽ നമസ്കരിക്കൂ നമസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ എന്നിലേക്ക് നിങ്ങൾ സമർപ്പിക്കൂ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിത്യുക്ത ഇങ്ങനെ നിത്യയുക്തമായി നിങ്ങൾ എന്നെ വാസന ചെയ്താൽ നിങ്ങളെവിടെ എത്തിച്ചേരും എന്നില്ല എങ്ങനെ ജ്ഞാനയജ്ഞേന ജാപ്യന്യേ യജന്തോ മാമുപാസദേഹുദാവിശദോ മുഖം ജ്ഞാനയജ്ഞേന ചിലര് ജ്ഞാനയജ്ഞ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് മനസ്സ് തിരിക്കാം ചിലര് മറ്റുള്ള ഏകത്വേന പൃഥക്ത്വേന ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെയോ പലവിധത്തിലൂടെയോ അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ പ്രത്യേകത പൂജകളെ എതിർത്തിട്ടില്ല ഹോമങ്ങളെ എതിർക്കുന്നില്ല ഈ പൂജകളും ഹോമങ്ങളും എല്ലാം എല്ലാം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ ഭഗവാനിലേക്ക് അല്ലാതെ അതിൽ നിന്ന് കിട്ടാനാവർക്ക് അതിൽ നിന്ന് കിട്ടാനാണ് ചെയ്യുന്നതെങ്കിൽ ആ യജ്ഞം കൊണ്ടും ഹോമം കൊണ്ടും കാര്യമില്ല എന്ന് നിഷേധിക്കുന്നു ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പലതവണ നിഷേധിക്കേണ്ടത് എന്ന വേദ എന്ന യാനെ ഞാനെ എന്ന തപോവി ഇതുകൊണ്ടൊന്നും എന്നെ കിട്ടില്ല അതൊക്കെ അപ്പൊ അത് പറയാൻ കാരണം അതിന് അതിലൂടെ വല്ലതും കിട്ടാൻ നോക്കുമ്പോഴാണ് പറയും നാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറയാണ് ദാനം സ്വതന്മോ നിയമോ യമശ്ച സർവേ മനോനിഗ്രഹലക്ഷണാന്ത പരോഹി യോഗോ മനസ്സോ സമാധി ഭാഗവതത്തിൽ വരുന്ന ഭാഗങ്ങളാണിത് അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ സർവേ മനോ ആർക്ക് വേണ്ടിയിട്ട് എന്റെ മനസ്സിനെയും ഭഗവാനിലേക്ക് തിരിക്കാനാണെങ്കിൽ അതുകൊണ്ടൊക്കെ പ്രയോജനമില്ല അപ്പൊ അതൊക്കെ സാധനങ്ങളായിട്ട് വരും അപ്പൊ ഏത് തരത്തിലുള്ള സാധനങ്ങളായാലും അതുകൊണ്ട് ഭാരതത്തിലുണ്ടല്ലോ ഒരു ഓപ്പണ്സ് ഉണ്ടായി ഋഷിമാർക്ക് ഈ മറ്റു മതങ്ങളിൽ നോക്കുമ്പോഴല്ലോ അവർക്ക് ആചാരങ്ങളൊക്കെ ഏകമാണ് അതിൽ നിന്ന് അവർ അവരേകത്വം ആചാരത്തിൽ വെച്ചു നമ്മളെ ഋഷീശ്വരന്മാരെ ലക്ഷ്യമേകം വെച്ചു മാർഗം പലവിധത്തെ ഏത് മാർഗം നിന്നതെന്നില്ല അതല്ലേ നമുക്ക് അനവധി വിഗ്രഹാരാധനകള് അല്ലേ അനവധി തരത്തിലുള്ള സമ്പ്രദായങ്ങൾ എന്തെല്ലാം എന്തെല്ലാം നോക്കും നിങ്ങൾ ഇത് ഭാരതത്തിന്റെ ഒരു മഹത്വമാണ് പക്ഷേ ഇത് ലക്ഷ്യമറിയാതെ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ വിഡിത്തങ്ങളായി മാറുന്നത് അപ്പൊ ആ ലക്ഷ്യബോധത്തോടുകൂടി വേണം രാമകൃഷ്ണ പരമസരുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു ലക്ഷ്യത്തിലെത്താൻ ഏത് വഴിയിലൂടെ വന്നാലും ഇപ്പൊ നമ്മൾ ഈ ബ്രഹ്മ സരോവർ നോക്കൂ നിങ്ങൾ ഒരേ സരോവറിലാണ് പക്ഷെ പല വിധത്തിലുള്ള ലക്ഷ്യം ഒന്നാണ് മാർഗം ധനവതിയാണ് അതുകൊണ്ട് ധർമ്മ സനാതനം ധർമ്മം എന്ന് പറഞ്ഞാൽ മാർഗം സനാതനം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം ഇങ്ങനെ ഒരു സംസ്കാരം ഭാരതത്തിനുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഓഫീസ് ജോലി ചെയ്യുമ്പോഴും ആരിലേക്ക് ശ്രദ്ധ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധ തിരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞ ഉടനെ മനസ്സിനെ മനസ്സിനെ തിരിച്ചുകൊണ്ട് പറയണം ഭഗവാനെ ഇതൊക്കെ അങ്ങയുടേതാണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം അവിടുത്തെ പ്രസാദമാണ് ഈ ബോധം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്ത് ആര് പറഞ്ഞാലും അതൊക്കെ നമ്മൾ ഭഗവന്നിയോഗമായി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി വരും എന്നിട്ട് ഭഗവാൻ പറയുന്നു ഇരുപത്തിരണ്ടാം ശ്ലോകത്തിൽ ഇരുപത്തി ഒന്നാം ശ്ലോകം േ തുക്ലോകം വിശാല ക്ഷീരേ പുണ്യ മർോകം വിശന്തമു പ്രപന്നഗദം കാമ കാ കുറെ ധാനധർമാദികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഭഗവാൻ പറയുന്നു സ്വർഗലോകം പോകുന്നു സ്വർഗലോകം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭൂമിക്ക് മുകളിലൊരു ലോകം ഉണ്ടോന്നുള്ളതല്ല ചിലർക്ക് പ്രസിഡന്റായിട്ടിരിക്കാനുള്ള നിയോഗം ഉണ്ടാവും ചിലർക്ക് ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കാനുള്ള യോഗം ഉണ്ടാവും വിദ്യാഭ്യാസം വേണമെന്നില്ല കേരളത്തിലും ഇന്ത്യയിൽ പ്രത്യേകിച്ചും അപ്പൊ അവർക്ക് കുറെ കാലം സ്വർഗലോകത്തിൽ ജീവിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റും ലാലപ്രസാദ് യാധുനിക അതില്ലേ ഇത്ര ഇത്രയും നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചതാണ് ഒരു കോളേജിന്റെ ഒരു എന്തോ സെലിബ്രേഷൻ ആയിരുന്നു പറഞ്ഞാണ് ഈ കോളേജിൽ എനിക്ക് പലതവണ കയറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മഴ പെയ്യുന്ന സമയത്തേ അല്ലാതെ കയറുന്നവിടെ കയറിയിട്ടില്ല ഇതാണ് സത്യം അപ്പൊ ഇങ്ങനെ കോളേജിൽ പലതവണ കയറി നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട് അത്രേങ്ങൾ പറഞ്ഞല്ലോ ക്ലാസ്സിൽ കയറിയെന്നുള്ള അയാൾ പറഞ്ഞിട്ടില്ല ൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത എത്രയോ ആളുകൾ മായാവതി ഒക്കെ കാണുന്നില്ലേ നിങ്ങൾ യുവതി ഒക്കെ ഭരിക്കുന്നത് എന്തിനേറെബ്രീ ദേവിയെ കണ്ടില്ലേ അങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ കാണുന്നു ഇന്ത്യയിൽ അപ്പൊ അവർക്കൊക്കെ അവിടെ ഭരിക്കാനുള്ള അർഹത കിട്ടാൻ കാരണം പൂർവജന്മങ്ങളിൽ എന്തൊക്കെയോ പുണ്യധർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ധാനധർമാദികളൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട് അപ്പോ സ്വർഗലോകം വിശന്തി അഞ്ചു സ്വർഗലോകത്തിലേക്ക് കൊടുക്കുകയാണ് അത് കഴിഞ്ഞാലോ ക്ഷീണേ പുണ്ണി സത്യലോകം വിചന്തി സത്യലോകത്തിലേക്ക് അവര് തിരിച്ചു വരുന്നത് ഇതൊക്കെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്നു നമ്മൾ അല്ലെ അഞ്ചു ലോകം വർഷം കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മൾ എന്തോ അബ്ദുൽ കലാമിന്റെ ഷൂ ഒഴിപ്പിച്ചില്ലേ എന്തോ ട്രൗസർ ഒഴിപ്പിക്കാൻ ഭാഗ്യം ഇന്ത്യയിലാവുമ്പോൾ അത് ഇതാണ് സത്യം അപ്പൊ ഇങ്ങനെയാണ് ആ സ്വർഗലോകത്തിന് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യൻ സാധാരണ എന്നിട്ടോ എന്നിട്ടും അവന്റെ ജീവിതം തീരുന്നില്ല ഭഗവാൻ പറയുക അവൻ വീണ്ടും എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ കുറെ ധർമ്മം അനുഷ്ഠിക്കും അർത്ഥകാമം ഇതിലാണ് മനസ്സ് കുറെ സമ്പാദിക്കണം കുറെ അനുഭവിക്കണം കുറച്ചൊക്കെ മറ്റുള്ളവർക്കും കൊടുക്കണം അങ്ങനെയുള്ളവര് ഗതാഗതം കാമകാമാലപന്തി ഈ കാമം വീണ്ടും വീണ്ടും വീണ്ടും അവരെ ജന്മങ്ങളെടുക്കാൻ പ്രേരിപ്പിക്കുന്നു അപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങും കേരളത്തിലാണെങ്കിൽ അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു അഞ്ചു കൊല്ലം അത് കഴിഞ്ഞാൽ വീണ്ടും മറത്തിയ വീണ്ടും ഒരു അഞ്ചു വർഷം ഇങ്ങനെ കാമ കാമാലബന്തി എത്ര സത്യമാണ് പറഞ്ഞു നോക്കൂ നമ്മുടെ മനസ്സിൽ ഏതിനോടാണോ കാമം ഏതൊക്കെയാണോ അനുഭവിച്ച് തീരാത്തത് അതിന്റെയൊക്കെ സംസ്കാരങ്ങൾ വീണ്ടും അത് അനുഭവിക്കാൻ നമ്മളെ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ജന്മം കല്യാണം കഴിഞ്ഞാൽ ശരിയായില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനിയും ഒരു ജന്മം എന്തിനായിട്ട് വരണം കല്യാണം ഈ ജന്മം കുട്ടികളാരും ശരിയായില്ല അടുത്തുണ്ടായില്ലയാണ് ഇനിയുള്ള കുട്ടികൾ അടുത്ത് വേണം അപ്പൊ അങ്ങനെയൊരു ജന്മം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും കല്യാണം കഴിക്കണം കുട്ടികൾ വരണം വീണ്ടും അവർ സ്റ്റേറ്റിലേക്ക് പോവും നിങ്ങൾ വേറെ സ്റ്റേറ്റിലാവും വീണ്ടും നിങ്ങളെ അവര് ട്രാപ്പ് അങ്ങനെ മനസ്സിന്റെ ജീവിത മനുഷ്യജീവിതം പുനരവിതരണം ആരാ ഓർഡർ ചെയ്യുന്നത് നമ്മൾ സ്വന്തം ഓർഡർ ചെയ്യണം നമ്മുടെ മനസ്സ് കാമങ്ങളിലേക്ക് തിരിക്കുമ്പോ അതനുഭവിക്കാൻ വേണ്ടി വരണം ഭഗവാൻ വളരെ മനോഹരമായി വധനും പറയും ബുദ്ധവർക്ക് പറഞ്ഞു കൊടുക്കും വിഷയാൻ ധ്യായതിത്തം വിഷയേഷു വിഷജ്യത്തെ എത്ര മനോഹരമാണ് നോക്കൂ വിഷയാൻ ധ്യായതം ഏത് മനസ്സാണോ വിഷയത്തെ ചിന്തിക്കുന്നത് അത് വിഷയേഷു വിഷജ്യത വിഷയങ്ങളുടെ വിനാലെപ്പോ ം അനുസ്മര ചിത്തം മയ്യേവ പ്രവിലിയതെ എന്നിലേക്ക് തിരിഞ്ഞ ചിത്രം എന്നിലേക്ക് അപ്പൊ നിങ്ങളുടെ മനസ്സ് എങ്ങോട്ട് ഡയറക്ട് ചെയ്തിരിക്കുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ ഇന്ത്യൻ സാറ്റലൈറ്റ് പോലെയാണ് ഒന്ന് നിവർന്നാൽ ആകാശത്തിൽ ഒന്ന് ചെരിഞ്ഞാൽ അറബിക്കടലില്ല അപ്പൊ ഒന്നെങ്കിലും മുകളിലേക്ക് അല്ലെങ്കിൽ രണ്ടിലൊന്നും ഉറപ്പ അപ്പൊ നമ്മളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കൂപ്പം പണ്ട് ഈ സാറ്റലൈറ്റ് ഒരു കഥ കേട്ടിട്ടുണ്ട് ഇത് നേരെ വെച്ചിട്ടും പൊങ്ങുന്നില്ല ഇന്ത്യൻ സാറ്റലൈറ്റ് അല്ലെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇവര് കൌണ്ട് ഒക്കെ തുടങ്ങി പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജും പ്രസിഡന്റ് പറഞ്ഞു പ്രധാനമന്ത്രിയോട് പൊക്കണ്ട അവിടെ തന്നെ ഉണ്ട് തലപൊക്കി നോക്കണ്ട പോയിട്ടില്ല എന്നർത്ഥം അങ്ങനെ ഇവര് കൊറേ കൌണ്ട് തുടങ്ങി ഇത് അങ്ങോട്ട് പോകുന്നില്ല അവസാനം ഏതൊരു അതിന്റെ അകത്തുണ്ടല്ലോ അന്ധവിശ്വാസികൾ സയന്റിസ്റ്റുകളാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉടനെ പറഞ്ഞു ഗണപതിവാമോ ചെയ്തു നോക്കാം സാറ്റലൈറ്റ് പൊക്കാനെ ഗണപതിവോമൊക്കെ തിരുത്ത് പൊങ്ങുന്നില്ല അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു സർദാർതി ഡ്രൈവറ് പ്രധാനമന്ത്രി ഡ്രൈവർ ഉണ്ടായിരുന്നു അത്രേ ഇദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് ഒന്ന് ചരിച്ചിട്ട് നേരം ഒന്ന് ചരിച്ചിട്ട് വീണ്ടും നിവർത്തിയിട്ടടിക്കൂ അത് നേരം ചരിക്കണത് നിങ്ങൾ ചരിക്കൂ എന്ന് അങ്ങനെ ഇദ്ദേഹം ചെയ്തപ്പോൾ അവർക്ക് തോന്നിയത് ചെയ്തു നോക്കാം അങ്ങനെ ഇദ്ദേഹം പറഞ്ഞത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിക്കണം അപ്പൊ നിങ്ങൾ ആരാന്ന് ചോദിച്ചു ഞാൻ അനുഭവം കൊണ്ട് പറയാണ് ഇന്ത്യയിൽ ഞങ്ങളെ ഇതുവരെ സാറ്റലൈറ്റ് അയച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് എന്താ അനുഭവമാണ് എന്റെ അനുഭവം ഇത് കഴിഞ്ഞിട്ട് പറയാം നിങ്ങൾ ചെയ്യൂ ആദ്യം ഇതൊക്കെ ചരിച്ചു ഇവര് നിവർത്തി സംഗതി പോയി ഇവരെല്ലാവരും കൂടി ആളെ തൂക്കിയെടുത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങി എവിടുന്നു കിട്ടി നിങ്ങൾക്ക് ഈ അനുഭവം അദ്ദേഹം പറഞ്ഞു നമ്മൾ ഇന്ത്യക്കാരല്ലേ ആദ്യമായിട്ട് ഇറങ്ങിയ സ്കൂട്ടർ ബജാജ് സ്കൂട്ടറാണ് അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടിട്ടോ നിങ്ങൾ ചരിച്ചിട്ട് അടിച്ചാലേ ഇതുപോലെ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന അതെല്ലാറ്റെയും ബാധിച്ചു എന്ന് പറയണം ഇതുപോലെയാണ് മനുഷ്യർ നേരത്തെ എന്ത് പറഞ്ഞാലും കേൾക്കില്ല തീർച്ചയായിട്ടും ചീത്ത പറഞ്ഞു എണീക്കാ പറഞ്ഞാൽ അപ്പണിയിട്ടു മര്യാദ എണീക പറഞ്ഞ കുട്ടികൾ അനുസരിക്കില്ല ശീലമായി പോയത് അതുപോലെ ഭഗവാൻ പറയാണ് ഇങ്ങനെ കാമ കാമ എന്ത് കാമങ്ങളുണ്ടോ വീണ്ടും വീണ്ടും അതുകൊണ്ട് ഇതെന്നൊക്കെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അനന്യാ ചിന്തയന്തോ മാര്യുപാസദേഭുക്ത യോഗക്ഷേമം വഹമ്യഹം അനന്യാ ചിന്തയന്തോ അനന്യാ ചിന്തയന്തോമ എന്താ പറയണത് ഭഗവാൻ അനന്യമായി എന്നെ നാമം ചൊല്ലാണ് നല്ല പറഞ്ഞത് ചിന്തിക്കണമെന്നാണ് ആ വാക്കൻ ശ്രദ്ധിക്കണം നമ്മൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ല അത് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളെ എന്നിലേക്ക് തിരിക്കണം എന്നാണ് നാവുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സ് തിരിഞ്ഞുകൊള്ളുന്നില്ല ഉണ്ടോ നാമം ജപിക്കുമ്പോഴും നിങ്ങൾക്ക് വിശ്വം വിഷ്ണുപക്ഷക്കാരോ ബോധഭവ്യ ഭവൽപ്രഭു ബോധക വൈകുന്നേരം എന്താ അവസ്പ്പുണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പ് കഴിച്ചിട്ടാണോ അറിയില്ല വയറിനൊരു ചെറിയൊരു ഇവിടെ ഭൂതഭവ്യപവൽപ്രഭു ഭൂതഗത് ഭൂതഭദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ചിന്ത മുഴുവൻ വയറിൽ കിടക്കുന്നു പോവാലോ കല്യാണത്തിന് പോണം നിങ്ങൾ വിഷ്ണോസാസ്താമ ചൊല്ലി ശീലിച്ചവരാണെങ്കിൽ ഗുളിയും കഴിഞ്ഞ് നിങ്ങൾ വിഷ്ണോസാസ്താമം ചൊല്ലുമ്പോ എന്തായിരിക്കും മനസ്സിൽ ഭഗവാനാണോ നഗേമായിരിക്കും ഏത് ഡ്രസ് തരണം എന്തൊക്കെ ചെയ്യണം എവിടെ പോകണം ആരെ കാണണം എങ്ങനെ മീറ്റ് ചെയ്യണം അല്ലെ എന്തെല്ലാം ചിന്തകളാണ് മനസ്സിലൂടെ കടന്നുപോടോ നിങ്ങൾ ആരെക്കുറിച്ചൊരു ചിന്ത വരില്ല ഭിന്ന ഓർമ്മൻ സർവപ്രഹണായവും നമ്മൾ കഴിഞ്ഞു ഭഗവാനെ വിശ്വാസാസ്താമം എവിടുന്ന് തുടങ്ങി എന്ത് വായിച്ചൊന്നും ഓർമ്മ പിന്നെ വിശ്വാസം എന്ത് എന്നാലും ഞാൻ എന്റെ കടമകളൊക്കെ ചെയ്തുണ്ടോ ഞാൻ വിശ്വാസാസ്താമം കഴിഞ്ഞിട്ടാട്ടോ വരണത് എന്ന് കടുതുകൂടെ പോയിട്ടില്ല വായിക്കൂടെ പോയിട്ടല്ലാതെ ഇതാണ് സത്യം നമ്മള് നമ്മുടെ മനസ്സ് ലോകത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് നാമം ചെല്ലാം ഇതൊക്കെ അറിയുന്നത് ഭഗവാൻ നമുക്ക് എത്ര ഒരു സൈക്കോളജിസ്റ്റ് ആണെന്നുള്ളത് നമ്മളിങ്ങനത്തെ ഒക്കെ അബദ്ധങ്ങൾ ചെയ്യുന്ന അന്നേ അദ്ദേഹത്തിന് അറിയുന്നതാവാം അതുകൊണ്ട് അനന്യ അനന്യ കീർത്തയെന്തോ എന്ന് പറഞ്ഞില്ല അനന്യ ചിന്തയെന്തോ എന്ന് തന്നെ വാക്കുപയോഗിച്ചു അപ്പൊ നമ്മൾ കീർത്തിച്ചാലും ചിന്തിക്കണമെന്നില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്നെ ചിന്തിക്കും അനന്യാ ചിന്തയന്തോ മാം ആരാണോ ഇപ്രകാരം പര്യുപാസതേ നിത്യാഭിയുക്താനാം അവൻ ക്രമേണ ക്രമേണ നിത്യ അഭിയുക്താനാം അവൻ എന്നിൽ അഭിയുക്തനാവും അഭിയുക്തെന്ന് പറഞ്ഞാൽ ചേർന്നവനാവുന്ന അവന്റെ യോഗവും ക്ഷേമവും അഹം വഹാമി ഞാൻ വഹിക്കുന്നത് അപ്പൊ അവനെ എന്നിൽ ഉറപ്പിച്ചു നിർത്തലും അവന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും ആരുടെ കാര്യങ്ങളാ നോക്കാന്ന് പറഞ്ഞത് ഭക്തൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കിക്കോളേ ആരുടെ മനസ്സാണോ ഭഗവാനിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് ആ ചേർത്ത് വെക്കാൻ എങ്ങനെ സാധിച്ചു ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചു ചിന്തി ചിന്തകളാണ് ആരിലേക്ക് തിരിക്കേണ്ടത് ഭഗവാനെ ശബ്ദങ്ങളല്ല എന്ന് പറയാ നമ്മുടെ നാവിന്റെ ശബ്ദങ്ങളെ നമ്മൾ തിരിച്ചതുകൊണ്ടൊന്നും ആര് തിരിഞ്ഞോളന്നില്ലയാ ഭഗവാനിലേക്ക് മനസ്സ് തിരിഞ്ഞോളാം അതാണ് ഈ ശ്ലോകം ഓർമ്മിപ്പിക്കുന്നത് പിന്നീട് ഭഗവാൻ പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് എന്നിലേക്ക് ഇരിക്കാൻ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്യാ പ്രയച്ചതിഹം ഭക്ത്യുപഹൃതം അജ്ഞാമി പ്രയദാത്മന പത്രം പുഷ്പം പത്രം പറഞ്ഞാൽ അർത്ഥം അല്ലാതെ ന്യൂസ് പേപ്പർ നടത്തെടുക്കരുതേ ഒരു ഇല അല്ലെങ്കിൽ പുഷ്പം ഫലം തോയം എന്ന എന്തുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് വെള്ളം ഇലകൾ ഫലങ്ങൾ അല്ലെങ്കിൽ പൂക്കൾ ഫലങ്ങൾ വെള്ളം ഒഴിച്ചാലാണ് ഒരു ചെടിയിൽ ഇലകൾ വരുന്നത് ഇല വന്നാലാണ് പൂക്കൾ വരുന്നത് പൂക്കൾ വന്നാലാണ് ഫലം വരുന്നത് ഇതുപോലെ ഈ ശരീരത്തിന്റെ ജീവിതം നമ്മൾ പ്രയാണം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അതൊരു തുള്ളി വെള്ളമായിരുന്നു ബീജമായിരുന്നു പിന്നീടാണ് ഈ ശരീരം വികസിച്ചു വന്നത് ഈ ശരീരം വികസിച്ച് വന്നതിന് ശേഷമാണ് മനസ്സിതിലേക്ക് പ്രവേശിച്ചത് മനസ്സ് പ്രവേശിച്ചതിന് ശേഷമാണ് കർമ്മഫലങ്ങളായ സുഖദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയത് ആണോ അല്ലയോ അപ്പോ വെള്ളം ശരീരം മനസ്സ് ആ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായ എന്താ ഫലം കിട്ടുക ഫലം രണ്ടെണ്ണേ കിട്ടുള്ളൂ ഒന്നുകിൽ സുഖരൂപത്തിൽ അത് വരും അല്ലെങ്കിൽ ദുഃഖരൂപത്തിൽ ഈ തരത്തിലുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഭഗവാന്റെ ഒരു സാന്നിധ്യം ഈ ശരീരത്തിലുള്ളത് കൊണ്ടാണെങ്കിൽ ഭഗവാൻ പറയുന്നു ഭക്തിയാ പ്രയച്ചതി ഇതിനെയൊക്കെ എനിക്ക് ഭക്തിയോടുകൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ അസ്നാമിപ്രേതാത്മന ഞാൻ അതിനെയൊക്കെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കരുത്ത് ആർക്കുണ്ടാവും നമുക്കുണ്ടാവും അപ്പൊ പത്രം എന്ന് പറഞ്ഞാൽ ഏത് അർത്ഥെടുക്കണം പത്രം എന്ന് പറഞ്ഞാൽ ഏതർത്ഥെടുക്കണം ശരീരത്തെ നമ്മൾ പത്രമായി കാണണം പുഷ്പം എന്ന് പറഞ്ഞാൽ ഏത് അർത്ഥമായിട്ടെടുക്കണം മനസ്സിനെ എടുക്കണം ഫലം എന്ന് പറഞ്ഞാൽ ഏത് അർത്ഥമായിട്ടെടുക്കണം ജീവിതത്തിൽ വരുന്ന കർമ്മഫലങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നതിന്റെ കാരണം ഇതിനൊക്കെ വരാനുള്ള കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമുള്ളതുകൊണ്ടാണ് ആ ഭഗവാന് ഇതെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാനും കടന്നു ഒരു ശക്തി നമുക്കുണ്ടാവും അല്ലാതെ ഇതിന് നിങ്ങൾ സ്ഥൂലാർത്ഥെടുക്കരുത് ഒരു കല്ലിന്റെ മുകളിൽ പുഷ്പം സമർപ്പിക്കുക ഒരു കല്ലിന്റെ മുകളിൽ ഇല സമർപ്പിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ചെടിയുടെ കാര്യത്തിൽ പത്രം പുഷ്പം ഫലം തോ എന്ന് പറഞ്ഞാൽ ശരിയാവുന്ന പോലെ അതും വികസിച്ചു വന്നത് വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ ശരീരവും വികസിച്ചു വന്നത് ശരീരത്തിൽ നിന്നാണെങ്കിൽ ഈ ശരീരത്തെ നമ്മൾ ആ ദൃഷ്ടിയിൽ കാണാൻ ശ്രമിക്കണം അപ്പോഴാണ് നമ്മുടെ മനസ്സിനെ ആരിൽ അർപ്പിക്കാൻ പറ്റുള്ളൂ ഭഗവാൻ അങ്ങനെ നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അറിയണോ അർപ്പിച്ചുറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഭഗവാൻ എളുപ്പമൊരു വഴി പറഞ്ഞു തരികയാണ് കുരുഷമതർപ്പണം ഏത് കരോഷി ഏത് അസ്നാസിത് ഘോഷി ഏത് ദദാസി എന്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇത് കഴിക്കുന്നുണ്ടോ ഇത് ഹോമിക്കുന്നുണ്ടോ ഏത് കൊടുക്കുന്നുണ്ടോ മതർപ്പണം ഇതൊക്കെ ഭഗവാനിൽ അർപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്താ ഭഗവാനിൽ അർപ്പിക്കൂ എന്ന് പറഞ്ഞാലർത്ഥം രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളണം ഒന്ന് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഒരു അവസരം തന്നിരിക്കുന്നത് ഭഗവാനാണ് ഇതിൽ നിന്ന് എന്ത് വന്നാലും അത് ഭഗവാന്റെ ഒരു പ്രസാദം അത് ഉൾക്കൊള്ളാനുള്ള ചെയ്യാനുള്ള ഉത്സാഹവും സ്വീകരിക്കാനുള്ള ഒരു ധൈര്യവും ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ അത് ഈശ്വര അർപ്പണമായി തീർച്ചു അപ്പൊ കൊടുക്കാൻ ഉത്സാഹം വേണം അപ്പൊ നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാലല്ലോ കൊടുക്കാൻ നല്ല ഉത്സാഹം വരും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ സാധനം റൂമിൽ നിന്ന് ഒരാളെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഉത്സാഹത്തോടുകൂടി കൊടുക്കില്ലേ ഇല്ല എന്തൊരു ഉത്സാഹമായിരിക്കും കൊടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ ചീത്ത പറയാനേ ഭയങ്കര ഉത്സാഹം നമുക്ക് വരാറില്ലേ എന്താ നിങ്ങളൊന്നും പറയാത്തത് വരാറില്ല ദേഷ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഉത്സാഹം വരാറില്ലേ ചിലർക്ക് ദേഷ്യം വരുമ്പോഴാണ് ഭയങ്കര ഉത്സാഹം വരിക അപ്പൊ അങ്ങനെ ഉത്സാഹം അതുപോലെ നിങ്ങൾക്ക് വലതും കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഉത്സാഹം നോക്കി ഞാൻ അഴുത്തിരത്ത് മാറി ചോക്ലേറ്റ് കൊടുത്തപ്പം അവന് ഹരിയും വേണ്ട സ്ത്രീയും വേണ്ട അതാണ് കിട്ടുന്നതിൽ ഭയങ്കര ഉത്സാഹം സന്തോഷം ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കണം എന്ത് ചെയ്യുന്നതും ഒരു ഉത്സാഹത്തോടുകൂടി ചെയ്യാൻ സാധിക്കണം എന്ത് വരുന്നതും എന്ത് വേണം പ്രസാദായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ഉത്സാഹം കുറയുന്നത് കൊണ്ടാണ് ഈ ബ്രഹ്മസരോവരനൊക്കെ വഴുക്കലൊക്കെ വരുന്നത് അപ്പൊ ആളുകൾക്ക് ഒരു ഉത്സാഹം വരുത്താൻ വേണ്ടിയിട്ട് അവിടെ വഴുക്കൽ വെച്ചിരിക്കുകയാണ് അവിടെ കാലു വെച്ചാൽ പിന്നെ താനുത്സാഹം വരില്ലേ പിന്നെ ഉത്സാഹത്തിന് എവിടെയും പോകേണ്ട ആവശ്യമില്ല അവിടെ കാലു വെച്ച് വെള്ളത്തിൽ വീണുകഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ ഈ ഒരു ഉത്സാഹന അല്ലെങ്കിൽ നിങ്ങൾ തപ്പിപ്പിടിച്ച് കാല് വെച്ച് മറ്റേ കാലു വെച്ച് അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഭഗവാൻ ഈ ലോകം ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് ചിലർക്കൊക്കെ ഇങ്ങനെ ഉത്സാഹം വരാൻ വേണ്ടിയിട്ട് അതുപോലെ നടക്കുമ്പോൾ ഉത്സാഹം വരാത്തോണ്ടായിരിക്കാം മേനകാ പട്ടികളെ കൊല്ലരുതെന്ന് പറഞ്ഞത് കാരണം പട്ടികളെ കാണുമ്പോഴെങ്കിലും ചിലർക്ക് നടത്തത്തിനൊരുസാഹം വന്നിരിക്കും ഒരു ഉത്സാഹം വരട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ട് പറഞ്ഞു അർജുന സമോഹം സർവഭൂതേഷമാം ഭക്യാ മയ് തേശു ചാപ്യഹം അഹം സമ ഞാൻ എല്ലാവരിലും സമ ആരിലൊക്കെ എല്ലാവരിലും നല്ലവരിലും അതുകൊണ്ട് ന ദേഷ്യോ എനിക്കാരോടും ദേഷ്യമില്ല പ്രിയ എനിക്കാരോടും ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴല്ലോ ഈ ജ്യോതിഷം എങ്ങനെയാ വഴിതെറ്റിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈശ്വര കോപം എന്നൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ കേട്ടിട്ടില്ലേ നിങ്ങൾക്ക് ആ ഈശ്വരഗോപമുണ്ട് വിഷ്ണു കോപമുണ്ട് ശിവഗോപമുണ്ട് പറയാറില്ല ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ എങ്ങനെ ഈ ജ്യോതിഷികൾ വഴിതെറ്റിക്കുന്നത് ആളുകളെ അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു ഈശ്വരനും ഒരാളോടും ഒരു ദേഷ്യമില്ലാതാണ് ഭഗവാൻ പറയുന്നത് ഈശ്വരനല്ല നമ്മളെ വഴിതി പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളെ വഴിതെറ്റിക്കുന്നതൊക്കെ നമ്മുടെ മനോഭാവവും നമ്മുടെ സമീപനങ്ങളൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന പ്രവൃത്തിയോട് കാണിക്കുന്ന മനോഭാവം അതുപോലെ അനുഭവങ്ങളോട് കാണിക്കുന്ന സമീപനം ഇത് നമ്മളെ തളർത്തും അല്ലാതെ ഒരു ഈശ്വരനും നമ്മളെ പ്രത്യേകിച്ച് ദേഷ്യപ്പെടുന്നില്ല പിന്നെ എങ്ങനെ നിങ്ങളെ ശിവൻ കോപിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങളോട് വിഷ്ണു ഗോപിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജ്യോതിഷം നിങ്ങളെ വഴിതെറ്റിക്കുന്നത് അവര് നിങ്ങളെ ശാസ്ത്രത്തിൽ നിന്നും അകറ്റുകയാണ് നിങ്ങളെ മനസ്സിലാവുണ്ടോ ഒരു ദൈവത്തിനും ഒരാളോടും പ്രത്യേകിച്ച് യാതൊരു ദേഷ്യം ആ ദേഷ്യസ്ഥി ന പ്രിയങ്ങളിരു ദേഷ്യം തീർക്കാൻ പൂജ ചെയ്തതുകൊണ്ട് ദൈവത്തിനൊട്ട് പ്രിയവും വരാൻ പോകുന്നില്ല നിങ്ങളുടെ പണം പോയി കിട്ടി നല്ലാതെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് ദൈവത്തിനതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല മാം ആര് ഭക്തിയാ മാം ബന്തി എന്താ ഭക്തി നേരത്തെ പറഞ്ഞല്ലോ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ചിന്തകളൊക്കെ ഭഗവാനിലേക്ക് തിരിക്കുന്നതിനെയാണ് പ്രേമത്തോടെ തിരിച്ചുറപ്പിക്കുന്നതിനെയാണ് ഭക്തി ആരങ്ങനെ ചെയ്യുന്നുണ്ടോ തേ മയി അവര് എന്നിലും അഹം തേഷു ഞാൻ അവരിലും അവരുടെ കൂടെ ഭഗവാനുണ്ട് എന്ന് പറയുന്നു അപ്പൊ ശ്രദ്ധ തിരിച്ചുറപ്പിക്കുന്നവരുടെ കൂടെ ഭഗവാനുണ്ട് അല്ലാതെ ഒരു പ്രത്യേകിച്ചൊരു വഴിപാട് ചെയ്തതുകൊണ്ട് ഭഗവാന്റെ ദേഷ്യം തീരാനും പോകുന്നില്ല ഭഗവാനോട്ട് നിങ്ങളോട് പ്രിയമുണ്ടാകാൻ പോകുന്നില്ല ഹിന്ദുമതം ഏറെ മാറ്റം വരുത്തേണ്ടിയിരിക്കണം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ഗീതയുടെ വീക്ഷണത്തിലൂടെ ചിന്തിക്കുമ്പോട്ടല്ലോ നാം ഇന്ന് പല ക്ഷേത്രങ്ങളിലും ചെയ്തു കൂട്ടുന്നത് ഹിന്ദു സംസ്കാരത്തിന് പ്രത്യേകിച്ച് കൃഷ്ണൻ പറഞ്ഞതിന് എതിരാ അതൊക്കെ നമ്മൾ കൂട്ടു നിൽക്കാൻ പാടുമോ എന്താ ചെയ്യേണ്ടത് കൃഷ്ണൻ പറഞ്ഞത് ചെയ്യണോ ഏ അതാണപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണോ നിങ്ങൾക്ക് വിഷമം വന്നാൽ നിങ്ങൾ ഗീതയിലേക്കാണോ നോക്കുക ജ്യോത്സ്യൻ എടുത്തേക്കാണോ പോവുക ഇത്ര ക്ലിയറാണ് നിങ്ങൾക്ക് ഉത്തരം കാരണം നിങ്ങൾക്ക് അറിയണം ഇനി ഏത് ദൈവമാണ് കോപിച്ചിരിക്കണം അവരാണെങ്കിൽ ഈ ജ്യോതിസന്മാരും ഡോക്ടർമാരും ഒരേ വിഭാഗമാണ് ഡോക്ടർമാരെണ്ടെങ്കിൽ ക്ഷമിക്കണേ ഒരേ വിഭാഗമാണ് എന്താ വിഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടിലും ഏറെക്കുറെ തുല്യ പ്രിസ്ക്രിപ്ഷനാണ് ഡോക്ടർ പനി വന്നാലും മിനിമം നാല് ടാബ്ലറ്റ് ഒരു ആന്റിബയോട്ടിക് എഴുതും അതിനൊരു അലർജി ഉണ്ടാവാതിരിക്കാനൊരു മരുന്ന് അതുപോലെ തന്നെ ക്ഷീണം വരാതിരിക്കാനൊരു ഒരു ബി കോംപ്ലക്സ് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു നാലഞ്ച് മരുന്ന് ടോണിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇതുപോലെ തന്നെയാണ് ജോലിശ്വര എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ശിവന് ധാര വിഷ്ണുവിന് പാൽപ്പായസം ദേവിക്ക് പട്ടി ആർത്തല് പിന്നെ അയ്യപ്പന് ഇവർ എഴുതി ഏറെ നാലഞ്ച് പ്രിസ്ക്രിപ്ഷൻ അയാൾ എഴുതും പിന്നെ നിങ്ങൾ ഓരോ പ്രസ്ക്രിപ്ഷനായി പോകുകയായി തിരുമേനിയുടെ അടുത്ത് തിരുമേനി ഈ വാൽപ്പായസൊന്ന് കഴിക്കൂ അങ്ങവർക്കാണെങ്കിൽ അന്ന് അത്യാവശ്യം ജൃതിയിട്ട് പോകാനുമുണ്ട് നാളെ കഴിച്ചാൽ പോരെ അയ്യോ ജോലിച്ചിരുന്നെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപം മാറില്ല പിന്നെ അദ്ദേഹം നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാനൊരു ക്ഷേത്രത്തില് എവിടെയാണ് ബാംഗ്ലൂരിലെ ക്ഷേത്രത്തില് അവിടെ ഈ ആളുകൾ ഈ അന്ധവിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിൽ വരും പാവ അവിടുത്തെ തിരുമേനി പറയണ് പത്തുമണിയെ വരും എന്താണ് എന്തൊരു ഹോമം കറുകപ്പുല്ലൊക്കെ കത്തിച്ചിട്ടുള്ള ഹോമം ഈ ഹോമം ചെയ്യാൻ വേണ്ടി സുഹൃത ഹോമം അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഹോമാണ് പാവ അദ്ദേഹം അദ്ദേഹം സത്യനോട് പറഞ്ഞാണ് സ്വാമിക്ക് തോന്നുന്നത് പത്ത് മണിക്ക് എന്റെ മനസ്സിൽ ഹോമം ചെയ്യാനുള്ള മൂഡ് വരുന്നുള്ളത് ഇനി പിന്നൊന്ന് നേരെയാവില്ല എന്നുള്ള ബോധത്തോടുകൂടിയിട്ട് എന്റെ ഹോമം ചെയ്യും അത്ര പണിഷ്മെന്റ് ആണത് ഒരാളെ കൊണ്ട് ദ്രോഹം ചെയ്യുന്നത് അല്ലേ സത്യമില്ലെന്ന് നോക്കൂത്തിക്കോളൂ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെയും ഉപദ്രവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് വന്നതും ചെയ്തതുകൊണ്ട് ഒരു ദൈവവും പ്രീതം നിങ്ങളുടെ പ്രവൃത്തിയിലല്ല ഭഗവാൻ പ്രീതനാവുന്നത് നിങ്ങളുടെ മനോഭാവത്തിലാണ് ആറ്റിറ്റ്യൂഡ് മേക്സ് ദ തിങ്സ് ഡിഫറന്റ് നമ്മളോണ്ണം നമ്മൾ ഉൾക്കൊള്ളണം ഇതൊക്കെയാണ് ഗീതയിൽ കൃഷ്ണൻ ഇൻസിസ്റ്റ് ചെയ്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആറ്റിറ്റ്യൂഡ് മാറ്റണം നമ്മുടെ അപ്രോച്ച് മാറ്റണം ഇത് രണ്ടും നമ്മൾ മാറ്റിയെടുത്തോളണം അങ്ങനെ നിങ്ങൾ മാറ്റിയൽ അപ്പി ചേ സുദുരാചാരോ ഭജതി മാം അനന്യ സാധുരേവ സമന്തവ്യ സമ്യ വ്യവസി ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യാണ് നമ്മളെ അഭിചേത് ഈവൻ ഈ ദുരാചാര നിങ്ങൾ എന്തെങ്കിലും ദുരാചാരികളായിക്കോട്ടെ ഈവൻ യു ആർ മോസ്റ്റ് വേഴ്സ്റ്റ് അതിലും വേസ്റ്റ് ആവാൻ പറ്റുന്നില്ല സുപ്രീം വേഴ്സ്റ്റ് ആയിക്കോട്ടെ സു ദുരാചാര സു എന്ന് അത് ഇൻസിസ്റ്റ് ചെയ്യണം കംപ്ലീറ്റ്ലി നിങ്ങൾ ദുരാചാരിയെക്കോട്ടെ അങ്ങനെ ദുരാചാരിയെ ജീവിച്ചാലും നിങ്ങളുടെ മനസ്സ് അനന്യപാത്മാവതേ എന്നെ അനന്യമായി കണ്ട് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചെന്നിൽ ഉറപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സാധുരേവ ഞാൻ സാധു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവെന്നുള്ള അർത്ഥത്തിലല്ല സാധു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ അർത്ഥം ഏറ്റവും വലിയ ശ്രേഷ്ഠന്മാരെയാണ് സാധു നമ്മളിന്നിപ്പൊ സാധു എന്നൊരു സാധു വരുന്നുണ്ട് പാവപ്പെട്ടവെന്ന് വരുന്നു എന്നാണ് ആ സാധുവല്ല ഇവിടെ പറയുന്നത് സാധു എന്ന് പറഞ്ഞാൽ സാധ്യത്തെ തിരിച്ചറിഞ്ഞവൻ അർത്ഥം സാധന ചെയ്യുന്നവൻ ഞാൻ അവരെ സാധുക്കളായി ശ്രേഷ്ഠന്മാരായി തിരിച്ചറിഞ്ഞ് കാരണം സമ്യക് വ്യവസിതോ അവന്റെ മനസ്സ് ഇപ്പൊ വ്യവസ്ഥിതമായി എന്ന് വെച്ചാൽ അവന്റെ മനസ്സെന്നിലേക്ക് തിരിയാൻ തുടങ്ങി അവനുണ്ടല്ലോ ക്ഷിപ്രംഭവതി ധർമാത്മ എളുപ്പത്തിലൊരു സർവോത്കൃഷ്ടശ്രേഷ്ഠനും എവിടുന്നാ വരുന്നത് തിച്ചുന്നാ വരുന്നത് ഇപ്പൊ അവൻ എവിടെ എത്തി ഉന്നതിയിലെത്തി അത്ര കുഴിയിൽ വീട് കടക്കുന്ന നരകത്തിൽ വീട് കടക്കുന്നവന് പോലും എന്നിലേക്ക് ശ്രദ്ധ തിരിച്ച് ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ശാന്തി അധികച്ചതി അവന് ശാന്തി ഞാൻ കൊടുക്കല്ല അവന് അവനാ ശാന്തിയിലേക്ക് എന്നിലേക്ക് അടുക്കും അവൻ എന്ത് കിട്ടും ശാന്തി കിട്ടാൻ തുടങ്ങും ഹേ അർജുന പ്രതിജാനി നീ പ്രതിക്ട് നമേ ഭക്ത പ്രണശ്യതിന്റെ ഭക്തൻ ഒരിക്കലും അവനെ നശിപ്പിക്കാൻ പിന്നെ ഒരാൾക്കും സാധ്യല്ല ഇതൊക്കെയാണ് ഭഗവാന്റെ പ്രതിജ്ഞകള് അപ്പൊ നമ്മൾ ഒരു ഭക്തനായിത്തീരണമെങ്കിൽ വെറുതെ നാമം ചെല്ലിയത് കൊണ്ട് ഭക്തനാവില്ല കുറെ ആചാരാനുഷ്ഠാനങ്ങൾ ചൂണ്ടിച്ചതുകൊണ്ട് ഭക്തനാവില്ല അമ്പലത്തിൽ പോയത് ഭക്തനാവില്ല എന്നാൽ ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത് നമ്മുടെ ശ്രദ്ധ ആരിലേക്ക് തിരിക്കണം ചിന്തകൾ ഭഗവാനിലേക്ക് തിരിക്കണം പ്രേമത്തോടെ ഉറപ്പിക്കണം ഉറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ച് ആ ചിന്തകളെ ഭഗവാനിലേക്ക് സമർപ്പിക്കണം അങ്ങനെ നമ്മള് ഭഗവാനോട് അടുക്കും തോറും നമ്മളെ സർവോത്കൃഷ്ടരാക്കാൻ ഭഗവാൻ തയ്യാറാണെന്ന് പറയാണ് എല്ലാ പാപത്തിൽ നിന്നും അവര് മുക്തരായി ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉള്ളവരായി തീരും എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കണം ഒരു രത്നാകരനെ ആരാക്കി മാറ്റിയത് അപ്പൊ നമ്മളൊക്കെ വാൽമീകിയാവാത്തതിന് കാരണം ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുന്നില്ല തന്നെ വേണം അങ്ങനെ പരിശീലിച്ചെടുക്കൂ അത് തന്നെയാണ് ഇതിലുള്ള വഴി നിങ്ങൾ പറഞ്ഞ് ഭഗവാൻ ഉപസംബരിപ്പിക്കണം അദദ്ദമോധ്യയ ശീകൃപരമാത്മന ശീഭവാച ഭൂയേവു ശൃണോ മേ പരമം വജ യത്തെഹം പ്രീയമാണ नमे ക്ഷമീഹിത കാമ്യയാ വിസസുരഗണ പ്രഭവം നഷയാ അഹമാതിർ ദേ മഹർഷീ യോമാമജമനാദി േത്തി ലോകമഹേശ്വര അസംമോടമു സർപൈ പ്രമുച്യത ബുദ്ധിജാനമസംമോഹ ക്ഷ സുഖം ദുഃഖം ഭോ ഭാവോ ഭയം ചാഭയമേചാ അഹിംസ സമതീ തവോദി ഭവാഭൂത മത്തേവജ മഹർഷയ സപ് പൂർവേ ചരോ മനവസ മദ്ഭാവാമാനസാജാ ലോകയി പ്ര ൂതിോ മമ യോ വേത്തി തോവികമ്പ യുജ്യത്തെനത്ര സംശയാ അഹം സർവ പ്രവർത്ത മജന്മാസമന്വിത മച്ചിട്ട മദ്ഗത പ്രാണോയഥ പരസ്പ്പരം കദയന്തസ്ഥ ഷ്യാ സതയുക്ത ഭജതാ പ്രീതിപൂർവക ദുദ്ധി യോഗം തന്ന മാ ുകം പാത്ത അഹമജ്ഞാനജം താചയാമ്യത്മഭാവസ്ോ താനദീപേന ബാസ്വദ അർജുന ഉവാച പരം ബ്രഹ്മപരം ധാമ ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യ ആദിവാമജം വിഭു ആഹുസ്വാമൃഷയേ ദർഷീനാരദസ്താ അസിദോ ദലോ വ്യസ स्वयं സ്വയം ചൈവ്രവീഷി മേതൃതമന്യേ യന്മാദസി കശവാ നി തേ ഭഗവതി വിധുർദ്ദേദ സ്വമേവാത്മനത്മാന വേത്തുരുഷോത്ത ഭൂതപാവനഭൂതേജക വർശേണ ഹ്യാത്മ വിബോധയാർവിംസ്ത്രം വ്യാപ്യതിഷീ കഥം വിമഹം യോൻ സദാ പരിചിന്തയൻ केशु केशु ു ചിന്യസീ ഭഗവന്മയാസ്തോത്മനോ യോഗം വിഭൂതി ജനർദോദയതി മേ മൃതം ീഭവാനുവാചേ കിവ്യഹ്യാത്മവിഭൂതയാധ്യത കുരുശ്രേ നാസ്ത്യന്തോ വിതരസ് മേ അഹമാത്മാഗുടാകേൂതാശയ സ്ഥിത അഹമാതി മധ്യം ചോദാമന്ദമേവ ആദിമഹം വിഷു ജ്യോതിഷാ രവിരംശുമാൻ മരീർമ്മരുതസ് നക്ഷത്രാമഹം ശശീ വേദവേദോസ്മേവാമസ്മവാ ഇന്ദ്രി മനസ്സാസ്മീ ഭൂതസ് ചേതന രുദ്രാണാസ്മ വിശോ യക്ഷരക്ഷസ വശൂന പാവകൂിഗരിഹം പുദ്യം മാ സേനഹം സ്കന്ധ സരസാമസ്മു സാഗരാ മഹർഷീണുരഹം േമക്ഷരം യാ ജപയജോസ് സാവ അശത്തസൃാ വർഷീ ഗന്ധർ ചിത്രര സിദ്ധാ കലോ മുനി ഉച്ചൈശ്രവ സമ്മാന വിദ്യേ മാമമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാ നരാണാധിമം ആയുദാനഹം വജ്രം ോനാമസ് കാമദുക്ജനശാസ് കധർപ്പ സർമസ്സുഗീ അനന്തശാസ്ഘാന വരുണോ യാദസമഹം പിത്രോണാമര്യമാ യമ സംയമദമഹം പ്രദശാസ്മൈ കാലയദം മൃഗാണേന്ദ്രോഹം വൈനദേയശി പവന പവദസ്മ രാമ ശസ്ത്രമൃതാമഹ ചഷനാമകരശാസ്ത്രോതസാമസ്വീ സർഗാമാതിരന്ത മദ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യന ദം അക്ഷണ അക്ഷരാണമകാരോസ് ദ്വന്ദസ്സാമാസിദച്ച അഹമേവാക്ഷയകാ ദാദാഹം വിശദോ മുഖ മൃത്യോഹരച്ചഹം ഉദ്ഭവ് ഭവിഷ്യത കീർത്തിശ്രീവാക്രീണ സ്മൃതി മേദാദൃതിഷമാ ബൃഹസ്സാ മതദാസാമ്രായമഹം മാസാ മാർഗീർഷോഹം ഋതൂനം കുസുമാഗര ദൂതം ചലയദാമസ് തേജസ്ജസ്വിമഹം ജയോസ്വസായ സത് സമഹം വൃഷണീനം വാസുദേവോസ് പാണ്ഡവാനഞ്ജയ മുനീനപ്യഹം വ്യാസ കവീനമുച്ചവീ ദോദമയദാസ്മേ നീതിരസ്മീജിഗീഷ മൗനം ചൈവാസ്ന ഹമഹാർഭൂതീജം തദഹമർജുന വിനസ മയാ ഭൂതം ചരാചരം വിഭൂദീന പരന്ദേശദ പ്രോക്തോ വിഭൂതിർവിതരോ മയാൽ വിഭൂതിമത്സത്ത വിഷയമദൂർജിതമേവ ഗ മമ തേജോംസംഭവം അഥവാ ബഹുനൈതേന കൂുന വിട്ടവ്യഹി കൃത്ന ഏകാശേനസ്തിരോ ജഗത് ब्रह्म ഭവദ്ഗീത ഉപനിഷ ബ്രഹ്മവിദ്യോസ്േ ശ്രീകൃഷ്ണർജുന സംവാ വിഭൂതിയോ ദശമോധ്യ ം ഭഗവാൻ വിഭൂതികളെ കുറിച്ച് പറയാണ് ഭഗവാന്റെ വിഭൂതികളാണ് അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ എനിക്കൊന്നുകൂടി അങ്ങ് പറഞ്ഞു തരണം ഞാൻ മൂഢനാണ് അങ്ങേ ഈ ലോകം മുഴുവൻ എങ്ങനെയാണ് കാണാൻ വെൻ യു ആർ സെയിങ് ദാറ്റ് യു ആർ സർവഭൂത മഹേശ്വരം എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു സീ ദാറ്റ് വെരി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് അങ്ങേ എല്ലായിടത്തും കാണാൻ എന്താണ് മാർഗം വിഭൂതി എന്ന് പറഞ്ഞാൽ അർത്ഥം വിശേഷേണ ഭവിച്ചത് എന്നർത്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണ നമ്മൾ വിഭൂതി എന്ന് പറഞ്ഞാൽ എന്തിനാ പറയാ ഭസ്മത്തിനെയാണ് അത് സാധനങ്ങൾ കത്തി ഭവിച്ചതാണ് അല്ലേ വെൻ വി പുഡ് ഇൻ ടു സംതിങ് പുഡ് സംതിങ് പയർ വിഭൂതി വിൽക്കം അപ്പൊ കത്തിച്ച് അവശിഷ്ടമായതിന് വിഭൂതി എന്ന് പറയുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് ഒരു മഹത്വം കൽപ്പിക്കാൻ പറ്റുന്നതിനെ എന്ത് പറയും വിഭൂതി സപ്പോസ് നിങ്ങളൊരു നാട്ടിലൊരു വലിയ വീട് വെച്ചു വിചാരിക്കു കൺസ്ട്രക്ട് എ വെരി ബിഗ് ഹൗസ് ആളുകള് പണ്ടത്തെ ഭാഷ എന്താണെന്ന് പറയുന്നത് ഓൾഡൻ ഡേയ്സ് വാട്ട് പീപ്പിൾ വിൽ സേ ഇത് അയാളുടെ വിഭൂതിയാണെന്ന് പറയും കാരണം നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ ആ ബില്ലിംഗ് കാണുമ്പോൾ തന്നെ ഓർമ്മ ഇത് യാളുടെയാണ് സാധാരണ നമ്മൾ പറയുന്ന ഒരു ഭാഷയാണ് ഈ വിഭൂതി എന്നുള്ളത് വിഭൂതികളാണ് ചെയ്തികളാണെന്ന് പറയാറില്ലേ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വൃത്തികയുടെ എവിടെയെങ്കിലും കാണിച്ചു വെച്ചാൽ നിങ്ങളുടെ മകന്റെ അച്ഛൻ ചോദിക്കുകയാണ് അമ്മയോട് അത് ആര് ചെയ്തു വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ പറയാറില്ല കുട്ടി എന്തെങ്കിലും വൃത്തികേടൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കീറലും പിടിക്കലൊക്കെ ഇട്ട് വൃത്തികേടാക്കി വെച്ചു കഴിഞ്ഞാൽ ധാരാള ഇവിടെ ചെയ്തു വെച്ചെന്ന് അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ മകന്റെ വിഭൂതികളാണ് അവൻ ചെയ്തു വെച്ചിരിക്കുന്ന പണികളാണ് അപ്പോ ആ പ്രവൃത്തിയിലൂടെ ആരെ കാണണം ആരെ കാണണം ആരാണോ അതൊക്കെ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ഏതൊക്കെ വിഭൂതികൾ കണ്ടാലാണ് ആരെ ഓർമ്മ വരണം ഭഗവാനെ ഓർമ്മ അവൻ ഭഗവാൻ കുറെ വിഭൂതികളുടെ പേര് പറയാണ് വളരെ രസകരമായിട്ട് അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭഗവാൻ പറയുന്നു മൂന്നാമത്തെ ശ്ലോകത്തില് യോ മാം അജമനാദിം ചോ മാം അജം അനാദിം ൂഢടസമത്യേഷു സർവൈ പ്രമുച്ചതേ സർവപാപൈ സർവപാപൈ മീൻസ് എല്ലാ പാപം ഇൻക്ലൂഡിംഗ് എനി പാപം വിച്ച് യു ബ്രോഡ് ഫ്രം ദി പ്രീവിയസ് ബർത്ത് നിങ്ങളുടെ ഫുൾ അക്കൌണ്ട്സ് അതായത് നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നിങ്ങൾ തിരിച്ചടച്ചില്ല നിങ്ങൾ ഡിഫാൾട്ടറായി അപ്പൊ പറയാണ് ബാങ്കിൽ നിന്ന് നോട്ടീസ് വരികയാണ് മുഴുവൻ അടക്കേണ്ട ഇത്രയും എമൌണ്ട് അടച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ഞങ്ങൾ കംപ്ലീറ്റ് ഡെപ്റ്റ് ഫ്രീ ആക്കി തരാം ഫിഫ്റ്റി പെർസെന്റ് അടച്ചാൽ മതി ഫ്രീല്ലേ ചില ആളുകൾ അങ്ങനെയാണ് കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല ഒരാൾ ഒരാൾക്ക് പതിനായിരം രൂപ കൊടുത്തു പറഞ്ഞു നിങ്ങൾ എന്തായാലും എനിക്ക് തരില്ല ഒരു കാര്യം ചെയ്യാം ഫിഫ്റ്റി ഞാൻ ഒഴിവാക്കി അതായത് ഫൈവ് ഞാൻ വിട്ടു ഫൈവ് തൗസൻഡ് അപ്പൊ ഇത് കേട്ടപ്പോ മറ്റേ പാർട്ടി എന്താ പറയണതല്ലോ ഫൈവ് തൗസൻഡ് നിങ്ങൾ വിട്ടവ നിങ്ങൾ ഫൈവ് തൗസൻഡ് ഒഴിവാക്കിയതുകൊണ്ട് ഞാനൊരു ഫൈവ് തൗസൻഡ് ഒഴിവാക്കി അങ്ങനെ നമുക്ക് രണ്ടു പേർക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നാലിവിടെ അങ്ങനെയല്ല ഭഗവാൻ പറയാണ് നിങ്ങൾ എത്രത്തോളം എത്ര ജന്മം നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല എത്രത്തോളം പാപങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഈ ജന്മം നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ സർവപാപയി നിങ്ങളുടെ ഫുൾ അക്കൗണ്ട് ഭഗവാൻ ക്ലീൻ ചെയ്യാൻ പോവാണ് ആരുടെ അക്കൗണ്ട് ആ ക്ലീൻ ചെയ്യുക സർവപാപൈ പ്രമുച്ഛതേ നിങ്ങളതിൽ നിന്നും മുക്തരായിത്തീരാൻ പോവാണ് പ്രമുച്തേ പ്രകർഷണം പൂർണ്ണമായി കംപ്ലീറ്റ്ലി നിങ്ങളെ മുക്തരാക്കാൻ പോവാണ് ഭഗവാൻ ആരുടെ പാപങ്ങളാണ് വ്യോമാം അജം അനാദിം വേത്തി ോകമഹേശ്വരം എന്നെ എങ്ങനെ മനസ്സിലാക്കണം അജം അജെന്ന് പറഞ്ഞാൽ അജെന്ന് സംസ്കൃതത്തിൽ രണ്ടർത്ഥമുണ്ട് ആടുന്നൊരർത്ഥമുണ്ട് ഭഗവാനെ ആടായിട്ട് അറിയണം എന്നല്ല അജം എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവൻ അജം അനാദി ജനന മരണങ്ങളൊന്നും ഇല്ലാത്തവൻ എവിടെയിരിക്കുന്നു ഭഗവാൻ വേരി സി സർവലോകമഹേശ്വരം എന്ന് പറഞ്ഞാൽ എവിടെയുണ്ട് എല്ലാവരിലും ഉണ്ടെങ്കിൽ എല്ലാവരിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് അല്ലെ അങ്ങനെ ആരാണോ വേത്തി അറിയുന്നത് അസം മൂട അവൻ മൂടനല്ല എന്ന് പറയാനാണ് അവന്റെ സർവപാപങ്ങളും ഭഗവാൻ ഒഴിവാക്കും അപ്പൊ ആരുടെ പാപങ്ങളെ ഒഴിവാക്കുക അപ്പൊ വഴിപാട് ജോത് പറയുന്നത് ചെയ്യുന്നവരുടെയാണോ ആരുടെയാണ് ഭഗവാനെ തന്റെ അന്തരാത്മാവായി അറിയുന്നവരുടെ പാപങ്ങൾ തീർക്കുന്ന ഭഗവാൻ പറഞ്ഞുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതല്ലേ അറിയേണ്ടത് ആണോ അല്ലയോ കേറണ്ട മധ്യപ്രദേശ് നടന്നൊഴുകുന്നതും കൂടെ ഉത്തർപ്രദേശ് വർക്ക് ചെയ്യുന്നില്ലേ പാകിസ്ഥാനല്ലോ ഹിന്ദുസ്ഥാനല്ലേ ചിന്തിക്കൂ നിങ്ങൾ അപ്പോ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അറിയാത്തടത്തോളം കാലം നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് പ്രഭാവം നമ്മൾ അറിയാത്തടത്തളം കാലം എന്തിൽ നിന്ന് മുക്തരാവാൻ പോകുന്നില്ല ഭാവത്തിൽ നിന്ന് മുക്തരാവാൻ പോകുന്നില്ല ദിസ് ഇസ് ദ ഈസിയസ്റ്റ് വേ എന്നിട്ട് ഭഗവാൻ പറയാണ് എന്നിട്ട് അതുകൊണ്ട് രണ്ട് ശ്ലോകങ്ങൾ പത്തും പതിനൊന്നും ശ്ലോകങ്ങൾ തേം സതതയുക്ത ഭജതാ പ്രീതിപൂർവകം ദാമി ബുദ്ധി യോഗം തേന മാം ഉപയാം ആരാണോ സതതം അല്ല യുക്താനാം വേണ്ടത്ര മനസ്സിലാക്കിക്കൊണ്ട് പ്രീതിപൂർവകം മാം വരതാം മനസ്സിലാവില്ലേ എന്നെ പ്രീതിയോടെ പ്രേമത്തോടെ എന്നിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് എങ്ങനെങ്കിലും ഭജന അല്ലേ പരാഹരേ രാമ ഹരേ കൃഷ്ണ പ്രീതി എന്ന് പറഞ്ഞാൽ ലൗ ഷുഡ് ഫ്ലോ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ മുഴുവൻ ആരിലേക്ക് പോകണം ഭഗവാൻ ഭജന ചൊല്ലുന്ന സമയത്ത് മറ്റുള്ളവരെങ്ങനെ കേൾക്കുന്നു മാത്രല്ല നമ്മൾ ഉറക്കിച്ചൊല്ലണം തീർച്ചയായിട്ടും പ്രകൃതി മുഴുവൻ കേൾക്കണം എന്നാ പക്ഷെ നമ്മുടെ ഉള്ളിൽ മുഴുവൻ ആരിലേക്ക് ശ്രദ്ധ തിരിക്കണം ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കണം അങ്ങനെ ആരാണോ എന്നിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ഭജിക്കുന്നത് ദദാമി ബുദ്ധിയോഗം ഞാൻ അവർക്ക് എന്ത് കൊടുക്കും ബുദ്ധി ഉണ്ടാവാൻ എന്താ വഴി ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിട്ട് എന്താ വഴി ച്യവനപ്രാവശ്യം കഴിച്ചാൽ ബൂസ്റ്റ് രണ്ട് ക്ലാസ് കഴിച്ചാൽ മതിയോ ഒന്നും പോരാ അതൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത് കുട്ടിക്കാലത്തെ കലക്കി തരാറുണ്ടല്ലോ വീട്ടിലെ അച്വിനമ്മയൊക്കെ എന്താണ് പല പല ലേഹ്യങ്ങളും ഉണ്ടല്ലോ ബുദ്ധി ഉണ്ടാവാൻ ഇതൊക്കെയാണ് ആളുകൾ ഫൂളിഷ്നെസിലെ മനസ്സിലാക്കി വയ്ക്കുന്നത് ബുദ്ധി ഉണ്ടാവാൻ മനസ്സാരി തിരിഞ്ഞാൽ മതി അദ്ദേഹം വേണ്ടതുപോലെ പറയാണ് ദദാമി ബുദ്ധിയോഗം ഞാനവർക്ക് എന്തു കൊടുക്കും ഏന മാം ആ ബുദ്ധി കൊണ്ട് അവർക്കെന്നെ ി പ്രാപിക്കാൻ സാധിക്കും അപ്പം ഭഗവാനോട് അടുക്കും തോറും നിങ്ങളുടെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരും പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിയല്ല വേണ്ടതെന്നെങ്കിലോ ആരെങ്കിലും ഭഗവാനോട് ബുദ്ധി തരണം എന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ടോ മറ്റുള്ളവർക്ക് ബുദ്ധി കൊടുക്കണേന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ എന്റെ ഭർത്താവിന് നല്ല ബുദ്ധി കൊടുക്കണേ ഭഗവാനെ എന്റെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അപ്പൊ നിങ്ങൾക്കോ എനിക്ക് വേണ്ട ഭഗവാനെ ഞാൻ ഓൾറെഡി നല്ല ബുദ്ധിയുള്ള ഒരാളാണ് ഇങ്ങനെ ഉറപ്പിച്ച് വിളിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് മറ്റുള്ളവർക്കൊക്കെ ബുദ്ധി കൊടുക്കണം അവർ ചിലരുണ്ടല്ലോ പ്രതാപനെ കേൾക്കുന്ന പ്രാർത്ഥനയും ചെയ്യും പ്രതാവിന് ഗുരുവായൂരൊക്കെ നിങ്ങൾക്ക് കാണാം ഗുരുവായൂരപ്പാ ഇയാൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേന്ന് അപ്പൊ തന്നെ ഗുരുവായൂരപ്പൻ അറിയാം ഇതാണ് കാര്യം എന്നുള്ളത് ഇങ്ങനെ നമ്മള് മറ്റുള്ളവർക്ക് ബുദ്ധി ധൈര്യാവാനല്ല നോക്കേണ്ടത് ആർക്ക് ബുദ്ധി വേണം അതിനെന്ത് വേണം പ്രീതിയോടുകൂടി ഭഗവാനിലേക്ക് മതിക്കുക അപ്പ എന്താ ബുദ്ധി കിട്ടിയാൽ എന്താ വഴി നുകംബാത്ത അഹമജ്ഞാനജം താശയാമ്യാത്മഭാവസ്ഥാനീപേന ബാസ്വദർക്ക് അർക്ക് എന്റെ പ്രീതിയോടുകൂടി ഭജിക്കുന്നവർക്ക് അഹം അജ്ഞാനജം തമ അവരുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന തമസിനെ നാശയാമി നശിപ്പിക്കും എങ്ങനെ ഇരുന്നു കൊണ്ട് ആത്മഭാവസ്ഥ ഞാൻ അവരുടെ ആത്മാവായിരുന്നു കൊണ്ട് ദൂരെ ഇരുന്നുകൊണ്ടല്ല അമ്പലത്തിന്റെ ഉള്ളിരുന്നിട്ടല്ല നശിപ്പിക്കുന്നത് എവിടെയിരുന്നു കൊണ്ട് ആത്മാവായിരുന്നു കൊണ്ട് ഞാനവരുടെ തമസ് അജ്ഞാനം നശിപ്പിച്ച് ഞാനതീപേരാണ് എന്തുകൊടുത്തും ജ്ഞാനജീവം അവരുടെ ഉള്ളിൽ വാസ്തുത പ്രകാശിപ്പിക്കുന്നതാണ് അപ്പൊ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ എന്തു നമ്മുടെ ഉള്ളിൽ ജ്ഞാനം കൊളുത്തുന്ന ഗുരു ആണ് ആര് ഭഗവാൻ അപ്പൊ ആത്മാവായി മുന്നിലിരിക്കുന്ന രൂപമായിട്ടൊക്കെ ഇരിക്കുന്നത് ശരിക്കും നമ്മൾ കൃഷ്ണനെ കാണേണ്ടത് ഏത് ഭാവത്തിലാണ് നമ്മള് കാര്യസാധ്യങ്ങൾക്കുള്ള ഒരു മാനേജറായിട്ട് കാണാൻ പാടു സൂപ്പർ മാർക്കറ്റിലിരിക്കുന്ന ഒരാളായിട്ട് അങ്ങനെയല്ലേ ഹിന്ദുക്കൾ കൊണ്ട് വെച്ചിരിക്കുന്നത് ദൈവത്തിനെ അതോ നമ്മുടെ ഉള്ളിൽ വെളിച്ചം തരുന്ന നമ്മളെ ജ്ഞാനത്തിലേക്ക് ഉയർത്തുന്ന ഒരു ഗുരുവായി കാണണോ ഏത് രൂപത്തിലാ കാണേണ്ടത് നമ്മളെ ഹിന്ദുക്കൾ ശരിക്കും ചെയ്യുന്നത് ശരിയാണോ എന്താ നിങ്ങളൊന്നും പറയാട്ടെ ഇപ്പോഴത്തെ നമ്മുടെ ക്ഷേത്ര ശരിക്കും ദൈവത്തിനെ ഗുരുവായി കാണുന്നതാണോ അതല്ലേ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് കാരണം പറയാത്തെ ആണോ അല്ലയോ ഇനി പോയിട്ട് എങ്ങാനും തോതിവാസം കാണിക്കൂ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നല്ലവണ്ണം ഉറപ്പിക്കണം നമ്മള് മനസിലായി ഇനി ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ തോതിവാസങ്ങളൊന്നും ചെയ്യില്ല അപ്പൊ നമുക്ക് നല്ല ഉറപ്പുണ്ടാവണം എന്റെ മുന്നിൽ നിൽക്കുന്ന ഭഗവാൻ എന്റെ ആത്മാവായി ഗുരുവാണ് ഇതൊക്കെ ഭഗവാൻ കേൾക്കണ്ടിട്ടോ അവിടെ ചെന്നിട്ട് നീ എങ്ങാനും കാലു മാറിക്കഴിഞ്ഞാൽ ശരിയേക്ക് തരും ഭഗവാൻ അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇപ്രകാരമൊക്കെ പറഞ്ഞ് അർജുനൻ പറയാണ് എനിക്കെന്ന് അങ്ങയുടെ വിഭൂതികൾ പറയണമെന്ന് അപ്പൊ തന്റെ വിഭൂതി പറയുമ്പോൾ അങ്ങയുടെ വിസ്തരിച്ചൊന്നോ പറഞ്ഞു തരുമോ എന്ന് ആദ്യം തന്നെ ഭഗവാൻ തന്റെ വിഭൂതി പറയുകയാണ് എന്റെ സാന്നിധ്യം എവിടെയൊക്കെയാണ് അർജുന നീ കാണേണ്ടതെന്ന് ഫസ്റ്റ് ഭഗവാൻ പറയുന്നത് ശ്രീ ഭഗവാനുവാച േ കഥയ ദിവ്യാഹ്യത്മവിഭൂതയാധാന്യത കുരുശ്രേ നാത്യന്തോ വിസ്തരസ്യ മേ തേ കഥയിഷ്യമി നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്ത് പറഞ്ഞു തരാം ആത്മവിഭൂതയ എന്റെ ആത്മവിഭൂതിയെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഏതൊക്കെയാണ് പറഞ്ഞുതരാൻ പോകുന്നത് പ്രാധാന്യത പ്രാധാന്യത മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊക്കെ പറഞ്ഞുതരാം കാരണം അത്യന്തോ വിസ്തരസ്യമേ ഇതിന് ഇത് വിസ്തരിച്ച് കൂടുതൽ വിസ്തരിച്ച് പറയാൻ സാധ്യല്ല അത്രയും വിഭൂതികളുണ്ട് അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഇവിടെ കുരുക്ഷേത്രത്തിൽ വന്നു ഇവിടെ നമ്മൾ എല്ലാ അമ്പലത്തിലും പോകാൻ പോയാൽ പിന്നെ ഇതിനെ നേരേണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ എവിടെയുണ്ടോ അവിടെ പോയാൽ മതി മറ്റതിപ്പോൾ ഇന്നലെ പണി ചെയ്താൽ അമ്പലത്തിലും എന്ന് പറഞ്ഞാൽ ശരിയാണോ നമ്മുടെ സമയം പോയി കിട്ടും അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട വിഭൂതികൾ ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങളെ ഗൈഡിനോട് പറയും നിങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെ ചില നിന്ന് കൊണ്ടുപോവുന്നു അല്ലെ എങ്ങനെയല്ലേ ഇതുപോലെ നിങ്ങൾ വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞാലോ എത്രയാ പോവാനുള്ളത് വൃന്ദാപനം ആ സിറ്റിയിൽ തന്നെ ഉള്ളൊരു അയ്യായിരം അമ്പലം അത് മുഴുവൻ പോകാൻ പോയി കഴിഞ്ഞാൽ ഈ ജീവിതം അതിനേ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓൺലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പോയാലോ കൃഷ്ണന്റെ ലീലകൾ ഇവിടേക്കാണ് നടന്നതും അതുപോലെ നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഭീഷ്മർ എവിടെയാണ് കടന്നത് കൃഷ്ണൻ ഇവിടെയാണ് ഗീത പറഞ്ഞത് എന്നൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ നമുക്കൊരു ആ വിഭൂതികള് ഇവിടെയാണ് ആ വിഭൂതി നടന്നത് അപ്പൊ നമുക്ക് ആ പഴയ നമ്മളന്ന് ജീവിച്ചിരുന്നില്ലെങ്കിലും അതിന്റെ ഒരു സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ടൊന്ന് പറഞ്ഞുതരുമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ വിഭൂതി പറയേണ്ടത് പത്താം അധ്യായത്തിലെ ഇരുപതാം ശ്ലോകം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ശ്ലോകമാണ് ഭഗവാൻ പറയുന്നു അഹം ആത്മാ ഞാൻ എല്ലാവരുടെയും ആത്മാവാണ് സർവഭൂതാശയസ്ഥിത എവിടെയിരിക്കണോ സർവഭൂതങ്ങളുടെയും ആശയം എന്ന് വെച്ചാൽ ഉള്ളിൽ എന്ന് വെച്ചാൽ അവരുടെ എസൻസായി അവസ്ഥിത ഞാനിരിക്കണോ അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ദേവകീ നന്ദനായിട്ട് ലഭിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെ തന്നെ കാണുന്നത് അപ്പൊ നിങ്ങളും എന്നോടും നമ്മൾ പേര് വെച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ ഇന്ന സ്ഥലത്ത് തന്നെ ആളാണെന്ന് പറയും നമ്മൾ പറയൂ ഞാൻ ആത്മാവായ എല്ലാവരുടെ ഉള്ളിലിരിക്കുന്നു പറയോ പക്ഷെ ഭഗവാൻ തന്റെ ഐഡന്റിറ്റി പറയുന്നത് ഞാൻ വസുദേവരുടെ പുത്രനല്ല ഞാൻ അല്ലെങ്കിൽ ഭൂഭാരം തീർക്കാൻ വന്നൊരു കൃഷ്ണനല്ല ഞാനിരിക്കുന്നത് എല്ലാവരുടെയും അന്തരാത്മാവായിട്ടിരിക്കുന്നു ഭഗവാൻ ഒരു പക്ഷെ തെറ്റി മരി മനസ്സിലാക്കിയിണ്ടാവും ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഫൂളിഷ്ടായിട്ട് തന്നെ ഒരു മനുഷ്യനായിട്ട് ഒതുക്കി വെച്ച് കളയുന്നു എന്തായി കാണില്ല ആളുകൾ അവരവരുടെ ആത്മാവായിട്ടെന്നെ കാണില്ല എന്ന് അന്ന് മനസ്സിലാക്കിയതുകൊണ്ടാവും ഈ ശ്ലോകം പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക എന്നെ ഒരു സാധാരണ മോർട്ടലായിട്ട് നീ നോക്കരുത് ഞാൻ എല്ലാവരുടെയും അന്തരാത്മാവായി ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു സർവഭൂത ആശയസ്ഥിത ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ് അഹം ആദിശ് ഞാൻ ആദ്യമുണ്ട് മദ്യം ഏത് മദ്യം തെറ്റിദ്ധരിക്കരുത് വൈകുന്നേരങ്ങളിലുള്ള മദ്യമല്ല എല്ലാറ്റിനും ആദ്യത്തിലുമുണ്ട് നടുവിലുമുണ്ട് ഭൂതാനാം അന്തമേവ അവസാനത്തിലുമുണ്ട് എന്ന് പറഞ്ഞാൽ ആരംഭം മദ്യം അവസാനം ഒക്കെ ഉള്ളത് ആരാണ് ഭഗവാനാണ് ഇത് മനസ്സിലാക്കാൻ പ്രയാസാണ് ശരി തുടക്കം ഭഗവാൻ മദ്യത്തിലും ഭഗവാൻ അവസാനവും ഭഗവാൻ സ്കൂൾ ടീച്ചർ പറയുന്നത് പോലെ കുട്ടി വന്ന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പും ടീച്ചറാ ഉള്ളത് ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ലിഫ്റ്റ് ചെയ്തു പോയാലും ടീച്ചർ ബാക്കിയാണ് മദ്യം കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയാലും സ്കൂളിൽ ബാക്കിയാവുന്നത് ടീച്ചറാണ് അച്ഛൻ ചോദിച്ചു ക്ലാസ്സിൽ തീരെ പഠിക്കാത്തത് കുട്ടി പറഞ്ഞു ടീച്ചർ മാത്രമാണെന്ന് കാരണം ഇതുവരെ ടീച്ചർക്ക് ഒരു പ്രമോഷനും കിട്ടിയിട്ടില്ല Teacher ടീച്ചർ ഈസ് സെയിം റിമൈനിങ് ദ സെയിം ക്ലാസ് ബാക്കി എല്ലാവരും പ്രൊമോട്ടഡായിപ്പോയി പാവം ടീച്ചർക്കാരും പ്രമോഷൻ കൊടുത്തില്ല ഇതുപോലെയാണോ ഭഗവാൻ പറയുന്നത് ഞാൻ തുടക്കത്തിൽ ഞാനുണ്ട് മദ്യത്തിൽ ഞാനുണ്ട് അവസാനത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എല്ലാം വന്നിരിക്കുന്നത് എന്നിലാണ് എല്ലാം നിലനിൽക്കുന്നതും എന്നിലാണ് എല്ലാം ഞാൻ പെർമനന്റ് ആയിട്ടുണ്ട് എനിക്ക് വരാനുമില്ല ഏതൊന്നിന് ജനന മരണമില്ലയോ ശ്രദ്ധിക്കണേ ഏതൊന്നിന് ജനന മരണമില്ലയോ അത് കാലദേശ കാലദേശങ്ങളിൽ പരിമിതമായതിനൊക്കെ തുടക്കവും അവസാനമുണ്ട് ഇപ്പൊ എർത്ത് റൗണ്ട് ഷെയ്പ്പാണെങ്കിലും അതിനുമുണ്ട് ഒരു രൂപം അതും പരിമിതമാണ് ഈ എർത്തിലിരിക്കുന്ന മനുഷ്യരൂപങ്ങളും പരിമിതമാണ് പക്ഷെ ഭഗവാൻ പറയുന്നു എനിക്ക് തുടക്കവുമില്ല അവസാനവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ വ്യാപ്തി എന്തായിരിക്കണം അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കും നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നയാളെ നമ്മുടെ ഓരോ തലമുടി എടുത്ത് വലിച്ചാലും വേദനിക്കും നമുക്ക് നഖം കാലിലെ നഖം പിടിച്ചു വലിച്ചാലും അപ്പൊ നമ്മളിൽ ജീവന്റെ സാന്നിധ്യം കയ്യിലും കാലിലും തലയിലും ഒക്കെ ഒരുപോലെ നിറഞ്ഞിരിക്കുന്നുണ്ടോ അത് അകത്ത് മാത്രമേ ഉള്ളൂ എന്നാ നമുക്ക് തോന്നുന്നത് പക്ഷെ വാസ്തവത്തിൽ അത് പുറത്തുമുണ്ട് അകത്ത് നിറഞ്ഞിരിക്കാൻ അതിന് സാധിക്കുമെങ്കിൽ എവിടെ ഉണ്ടാവണം പുറത്തുമുണ്ടാവണം നോക്കൂ നമ്മൾ ഈ റൂമിന്റെ അകത്തു നോക്കുമ്പോൾ ഈ നമ്മൾ ഇതിന്റെ അകത്ത് സ്പേസ് കാണുന്നുണ്ട് അല്ലേ സ്പേസ് വി ക്യാൻ സീ സ്പേസ് ഒരു അന്തരീക്ഷം നമ്മളിവിടെ ചുമര് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് അകത്തുള്ള സ്പേസും പുറത്തുള്ള സ്പേസും അപ്പൊ ഈ ചുമരിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഡിഫറൻസ് കാണുന്നത് ആണോ അല്ലയോ ഈ ചുമരങ്ങട്ട് തട്ടിക്കളഞ്ഞാലോ അവി അത് തട്ടിക്കളയാതെയും നമുക്ക് മനസ്സിലാക്കി കൂടെ എന്ത് ഇതുപോലെ ഋഷീശ്വരന്മാര് അവർ മനസ്സിലാക്കി അന്തർവഹിച്ച തത്സർവം വ്യാപ്യനാരായണ സ്ഥിതാണ് എന്താ മനസ്സിലാക്കിയത് അകത്തും പുറത്തും ആര് നിറഞ്ഞിരിക്കുന്നു നാരായണൻ കുന്തി ദേവിയൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനോട് സ്തുതിക്കുമ്പം പറയുന്നത് കൃഷ്ണനോട് നമസേ ആദ്യം പുരുഷം ഈശ്വരം പ്രകൃതിയെ പരം അലക്ഷ്യം സർവഭൂതാനം അന്തർ ബഹിരവസ്ഥിതം അങ് ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മുടെ ഈ ശരീരത്തിന് പ്രാധാന്യം കൊടുത്ത പ്രാധാന്യം കൊടുത്തപ്പോ നമുക്ക് തോന്നി ഈശ്വരൻ എന്ന് പറയുന്നത് ആ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഇനി ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ എങ്ങനെ ചിന്തിക്കേണ്ടത് നമ്മൾ ഇത്രയും ആൾക്കാരവിടെ ഇരിക്കേണ്ടല്ലോ ഇത്രയും ആളുടെ ഉള്ളിൽ ആര് നിറഞ്ഞിരിക്കുന്നുണ്ട് ഭഗവാൻ നിറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഓടാനുകോടി ജനങ്ങളുടെ ഉള്ളിൽ ആര് നടന്നിരിക്കണ്ട് ഇനി ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ സകല ജീവജാലങ്ങളിലും ഭഗവാൻ നിറഞ്ഞിരിക്കണ്ട് അപ്പൊ എവിടെയാ ഭഗവാൻ ഇല്ലാത്തത് മണ്ണിനടിയിലില്ലേ ഉണ്ടോ കടലിലില്ലേ അന്തരീക്ഷത്തിലുള്ള ബാക്ടീരിയകളിലുണ്ടോ ഉണ്ടോ അപ്പം ഭഗവാൻ എവിടെ ഇല്ലാത്തത് അപ്പൊ നമ്മളൊരു കൊതുകിനെ കാണുമ്പോഴും അതിൽ നിറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കിയാൽ എത്ര നല്ലതാണ് നമ്മൾ ആണ് കൊതുകിനെ കൊല്ലെ കൊല്ലാതിരിക്കെ വേറെ വ്യത്യാസം പക്ഷെ അതിലും ആരുണ്ട് പക്ഷേ അപ്പോഴും നിങ്ങൾ വിഡീത്താ പറയണേ കൊതുകിനെ കൊന്നാലും അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് അന്യമാനെ ശരീരേ ഈ ശരീരത്തിനെ കൊന്നാലും ആരെ കൊല്ലാൻ പറ്റില്ല ഭഗവാനെ കൊല്ല ഭഗവാൻ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുകയാണ് ആ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നത് ഇനി ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ വളരെ ശ്രദ്ധിക്കണേ എന്നാലേ മനസ്സിലാക്കുള്ളൂ നമ്മുടെയൊക്കെ ജന്മം വളരെ നമ്മൾ ഓപ്പണായി നോക്കിക്കഴിഞ്ഞാൽ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ ഒരു കാമത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഒരു സെക്ഷൽ വികാരം അവരുടെ മനസ്സിൽ വന്നു അല്ലേ എന്നിട്ടാണ് അവർ ഇണചേരുന്നതും ബീജം അണ്ടമായി ചേരുന്നു അപ്പൊ ഒരു ബീജത്തിലൂടെ അണ്ടവുമായി ചേർന്ന് ഈ ശരീരം വികസിക്കുന്നതിന് മുമ്പ് ഒരു കാമമായിരുന്നു അവരുടെ മനസ്സിൽ കാമം ശരീരത്തിൽ വരണമെങ്കിൽ അപ്പോഴും ജീവനുള്ള ശരീരത്തിലെ കാമം വരൂ മരിച്ച ശരീരത്തിലൊരിക്കലും അപ്പം നമ്മുടെയൊക്കെ ജന്മങ്ങൾ കാമത്തിലൂടെ ഉണ്ടാകുന്നതിന് മുമ്പ് ആരായിരുന്നു ഉണ്ടായിരുന്നത് കൂടെ വന്നില്ലേ നിങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് ബിഫോർ ദേ ഹാവ് എ സെക്ഷൽ ഡിസയർ ദ ഗോഡ് വാസ് ദ ആണോ ലിയർ മനസ്സിലായി നിങ്ങൾക്ക് വികാരങ്ങൾ വരുന്നതിന് മുമ്പ് ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയ കുട്ടിയിലേക്ക് നോക്കൂ ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നു ആ കുട്ടിക്ക് വല്ല വികാരം പിന്നെ പ്രായമായതിനു ശേഷമാണ് വികാരങ്ങൾ വരുന്നത് ആ വികാരങ്ങൾ വരുന്നതിന് മുമ്പ് ആരാ ഉള്ളത് ഭഗവാനാണുള്ളത് ഇനി വികാരങ്ങൾ വന്നു ആ ശരീരത്തിലേക്ക് അമ്മയുടെ ശരീരത്തിലേക്ക് ബീജം പകർന്നു കൊടുത്തു ആ ശരീരത്തിൽ ബീജം വളരണമെങ്കിൽ അപ്പോഴും അതിലും ഭഗവത് ചൈതന്യം പറ്റുള്ളൂ ഇനി ആ ശരീരം പുറത്തു വന്നു എന്നിട്ട് അതിൽ മനസ്സ് വികസിക്കണമെങ്കിൽ ആര് വേണം അപ്പം വാസ്തവത്തിൽ ഈ യാത്ര മുഴുവൻ ആരുടെ സാന്നിധ്യം കൊണ്ടും ആരുടെ ശക്തി കൊണ്ടുമാണ് നമുക്കത് മനസ്സിലായിട്ടുണ്ടോ ജീവിതത്തിൽ ഞാൻ വന്നത് വരുന്നതിന് മുമ്പ് ഭഗവാന്റെ അടുത്ത് വരുന്നത് പിന്നീട് നിലനിർത്തിയതും ഭഗവാനാണ് അങ്ങനെയാണെങ്കിൽ ഈ മനസ്സ് മുഴുവൻ കടപ്പെട്ടിരിക്കുന്നത് ഭഗവാൻ ഇനി നമ്മളിൽ തന്നെ ഒന്നുകൂടി നോക്കൂ നിങ്ങൾ രാവിലെ നിങ്ങളുടെ മനസ്സ് ഉണരണമെങ്കിൽ അര് വേണം ഇപ്പോ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ ആര് ഉറങ്ങുമ്പോൾ അവിടെ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ആര് വേണം സൂക്ഷിച്ചു വെക്കുന്നത് മനസ്സിനെ ഓർമ്മകളൊക്കെ അതൊക്കെ ഭംഗിയിട്ട് അവിടെ സൂക്ഷിച്ചു വെക്കണോ എല്ലാറ്റിനും ആര് കടപ്പെട്ടിരിക്കണോ അല്ല ആരോട് ഇതൊക്കെ നമുക്ക് തോന്നുന്നുണ്ടോ ഉറപ്പിക്കണം എന്റെ എല്ലാമെല്ലാം അതുകൊണ്ട് നമ്മൾ പറഞ്ഞേക്കണം അന്യതാ ത്വമേവ തസ്മാൻ കാരുണ്യഭാവേന ഇതൊക്കെ നല്ലവണ്ണം ഉറപ്പിക്കണം അങ്ങല്ലാതെ എനിക്കൊരു ആശ്രയം ഇല്ല സ്വാമിയല്ലാതൊരു പറയും നിങ്ങൾ ഇവിടുന്ന് പക്ഷേ മനസ്സിൽ നിന്ന് വിട്ടുപോകും നല്ലവണ്ണം ഉറപ്പിക്കണം സ്വാമിയല്ലാതൊരു ശരണമില്ല ഏത് സ്വാമി നാളെ കാലം മാറരുത് വീട്ടിൽ ചെന്നിട്ട് പറയരുത് സ്വാമി നിങ്ങളെന്നെ എന്റെ ആശ്രയമെന്ന് മനസ്സിലായില്ലേ അങ്ങനെ ശരിധരിക്കരുത് എന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനല്ലാതെ എനിക്ക് യാതൊരു ആശ്രയവുമില്ല അന്യതാശരണംവ ശരണം മമ എന്റെ ഭർത്താവും എന്റെ ഭാര്യയും എന്റെ മക്കളും എല്ലാം ആര് തന്നെയാണ് അത് ഉറപ്പിക്കാൻ പറ്റുമോ നീക്ക് പറ്റുമോ അല്ല നീക്കിപ്പ ഉറപ്പിക്കാൻ പറ്റും കാരണം പത്ത് ദിവസം തിരിച്ചു പോകണ പ്രശ്നമില്ലല്ലോ തിരിച്ചു ചെല്ലുമ്പോഴാണ് ഇതൊക്കെ ഉറപ്പിക്കേണ്ടത് മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ ഉറപ്പിക്കുമ്പോഴല്ലോ ക്രമേണ ക്രമേണ ക്രമേണ മനസ്സിനൊരു ശക്തി കിട്ടും എന്താ ശക്തി ഞാൻ ഒറ്റയ്ക്കല്ല കൂടെ എപ്പോഴും ഭഗവാനുണ്ട് ഭഗവാനിങ്ങനെ മനസ്സ് പറയാൻ തുടങ്ങും അപ്പൊ നമ്മുടെ പുള്ളി ജ്ഞാനദീപേന വാസ്തുത എന്ത് പ്രകാശിക്കും ജ്ഞാനം അപ്പൊ നമുക്കൊരു ധൈര്യം വരും നല്ല ആത്മവിശ്വാസം വരും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളതൊക്കെ ഭഗവാന്റെ നിയോഗമായി കാണും ഈവൺ നമ്മുടെ വീട്ടിൽ മരണം നടന്നാൽ പോലും നമുക്ക് തോന്നും ഇവരൊന്നും കൈവിട്ടാലും ആര് കൈവിടില്ല ഭഗവാൻ പിന്നെ നമുക്ക് ഉറപ്പ് വരും അവര് മരിച്ചിട്ടില്ലയാണ് സി ഗീതൊക്കെ പഠിക്കുന്ന തോറും ഉണ്ടല്ലോ നിങ്ങൾക്ക് മരിച്ചു എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വലിയ മരണം നടന്നാൽ പോലും അയ്യോ നിങ്ങളുടെ എന്നാള് പോയല്ലോ എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ പറയും വാസം നവാനി ഗൃണാദിന അവരെന്ത് മാത്രമേ അഴിച്ചു വെച്ചിട്ടുള്ളൂ ആവം വസ്ത്രം അഴിച്ചു വെച്ച് പോയിരിക്കും എങ്ങോട്ടും പോയതല്ല വേറെ വേഷം കെട്ടാൻ വേണ്ടി പോയതാ നമ്മൾ ഈ വേഷം അയാൾക്ക് ഇനിയും തുടങ്ങണം എന്ത് പുതിയ വേഷത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങക്ക് ദുഃഖമുണ്ടോ നിങ്ങൾ സ്ഥൂല ശരീരത്തിന്റെ വീഴ്ച മരണമായി കാണില്ല നിങ്ങൾക്ക് മനസ്സിലാവും ആ മനസ്സ് ഒരു ജേണിയിലാണ് യാത്രയിലാണ് അതിനെ ഇവിടെ മരണമുണ്ട് അങ്ങനെ നമ്മൾ കണ്ട് കണ്ടു തുടങ്ങിയാൽ നിങ്ങക്ക് ദുഃഖമുണ്ടോ ദുഃഖിക്കാൻ മാ അശ്വച ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കാനോ തളരാനോ സാധ്യല്ല നല്ലതും കേറുണ്ടോ തലയിൽ ഇനി വീട്ടിൽ ചെന്നിട്ട് നെഞ്ച തലച്ച് കേർമോണിയം വാങ്ങിച്ചിട്ട് മനസ്സിലായില്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും പോയിട്ട് ഹാർമോണിയം വെക്കരുത് ഇതൊക്കെ കേട്ടാലും വീട്ടിലെത്തുമ്പോൾ നിങ്ങളൊക്കെ മാറും രാമൻ വീണ്ടും ശങ്കരൻ വീണ്ടും തന്നെ കാലുമാറികളാണ് നമ്മള് പാലം കടക്കോളം നാരായണ പിന്നെ പറയണ്ടേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം മാറി ഇതാണ് ഇതൊക്കെ നമ്മളെ സെന്റിമെന്റലാണ് പിടിച്ചു വെച്ചിരിക്കാണ് മനസ്സ് കല്യാണം ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് സെന്റ് അടിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ മെന്റലും കൂടിയാവും അതിന്റെ പേരാണ് സെന്റിമെന്റൽ കുട്ടികളായി കഴിഞ്ഞാൽ സെന്റ് പോവും മെന്റലാകും അപ്പോഴേക്കും പോയി മനസ്സ് കേടുവന്നു പിന്നെ അതിനെന്തെങ്കിലും പറ്റുമോ അതെവിടെയാ പോണത് അതെങ്ങോട്ടാണ് പോകുന്നത് അത് നോക്കുന്നുണ്ടോ വേണം അതൊക്കെ വേണം നമുക്ക് ഇതൊരു ഉണ്ട് എനിക്ക് ഞാൻ പറഞ്ഞുതരാം രഹസ്യമാണ് അത് ആരോടും പറഞ്ഞു കൊടുക്കരുത് നിങ്ങൾ സീക്രട്ട് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത് വ്യവഹാരത്തിൽ നമ്മൾ വ്യവഹാരത്തിൽ നമ്മൾ അഭിനയിക്കണം എവിടെ വ്യവഹാരത്തിൽ പരമാർത്ഥത്തിൽ നമ്മൾ ഉറപ്പിക്കണം ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് വ്യവഹാരത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ വ്യവഹാരം ഒരു അഭിനയ പ്രകടനമാവണം കുട്ടികളോട് ചോദിക്കണം ഫോൺ ചെയ്യണം സംസാരിക്കണം മോൾ എന്ത് ചെയ്യണോ മോൾ എന്ത് ചെയ്യണോ ഭക്ഷണം കഴിച്ചു ഓ നീ ചുടുവെള്ളേക്ക് കുടിക്കാവോ അതിന് അസ്വസ്ഥ ഒന്നും വരരുത് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും അമ്മയ്ക്ക് എത്ര കെയറിംഗ് ആണ് എന്ന് പറയും പക്ഷെ ഉള്ളിൽ പറഞ്ഞേക്ക് അതൊക്കെ പോളിഷ്നസ് ആണ് ഏ ഇതൊക്കെ കേവലം ഒരു അഭിനയ പ്രകടനം മാത്രമാണ് അവർക്കതേ വേണ്ടു എവരി വൺ എക്സ്പെക്ട് എക്സ്പ്രഷൻസിലാണ് ആണോ അല്ലയോ ആണോ ചിലർ അങ്ങനെയാണോ ഒന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്റെ ഭർത്താവ് എന്നാൽ തന്നെ എനിക്കൊരു സമാധാനമാണ് രണ്ടു മൂന്ന് ദിവസമായി മിണ്ടാതെയിട്ടെന്ന് മനസ്സല്ലേ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്തെങ്കിലും അവ അറിയൂന്ന് ചോദിച്ചാൽ മതി ഭാര്യയ്ക്ക് വളരെ സമാധാനമാണ് ആ പ്രകടനങ്ങളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആണോ അല്ലയോ അവിടെ എത്തിയ ഉടനെ എന്നെ വിളിക്കണം എന്ന് പറയാറില്ലേ നിങ്ങൾ എത്തിയ ഉടനെ വിളിക്കാറുണ്ടല്ലോ എന്തിനാണ് അവിടുത്തെ എവിടെന്നെ വിളിക്കുന്നത് ഒരു പ്രകടനമാണ് അറ്റ്ലീസ്റ്റ് നേര് തണ്ണി വെള്ളം നീരൂ എന്ന് പറയുന്ന പോലെയാണ് എല്ലാം വാസ്തവത്തിൽ ഓരോ ഭാഷയിലും ഓരോ വ്യത്യാസമേ ഉള്ളൂ കാരണം മലബാറുകാർക്ക് കറമൂസയും കറമൂസ എന്ന് പറയുന്ന മലബാറിൽ കറമൂസ എന്ന് പറയും ഇവിടെ പപ്പായ എന്ന് പറയും വേറൊരാള് പപ്പീത്ത എന്ന് പറയും ഈ സാധനങ്ങളൊക്കെ ഹോമക്കായ എന്ന് പറയും ഏത് കായ ഒരു സംഗതി ഒന്ന് തന്നെയാണ് ഓരോ ഭാഷ ഓരോരുത്തർ പറയണ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു ഇതുപോലെ നമ്മൾ കാതെല്ലാം മനസ്സിലാക്കി വെക്കൂ എണ്ണ തേച്ച് കത്തി കൊണ്ട് ചക്ക മുറിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്ന് പറയും ചക്ക പോലെയാണ് നമ്മുടെ മനസ്സ് അതിലേക്ക് ഇറക്കിയാൽ അത് നമ്മളെ ഒട്ടിപ്പിടിക്കും അത് ഒട്ടിപ്പിടിക്കാതിരിക്കണമെങ്കിൽ ഭഗവാനാണ് കൂടെയുള്ളതെന്ന് അറിവിന്റെ എണ്ണ തേച്ച് ഉറപ്പിക്കണം അപ്പൊ പിന്നെ എവിടെ വേണമെങ്കിലും മുറിച്ചാലും അത് അങ്ങോട്ട് പോയ പോലെ തന്നെ ഇങ്ങോട്ട് പോരും ഒരു പ്രശ്നമില്ല ഇതുപോലെ നമ്മുടെ മനസ്സ് ഭഗവാനിൽ നിന്നും പോയ മനസ്സ് എവിടേക്ക് തന്നെ വരണം അതിൽ ആരുടെ അല്ല വെളിച്ചെണ്ണ തേച്ചാൽ അതൊരിക്കലും നമ്മുടെ മനസ്സിനെ ലോകത്തിൽ ഒട്ടിപ്പിടിക്കില്ല ക്ലിയറാണോ അപ്പൊ ഇനി നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ മക്കൾക്ക് നല്ല ബോധ്യം വേണം അമ്മയെപ്പോലെ സ്നേഹം ആർക്കും ഇല്ല കാരണം അത്ര നിങ്ങൾ സ്നേഹം കൊണ്ട് സിനിമയിൽ പോലും ഉണ്ടാവും ഇങ്ങനത്തെ അഭിനയം ഓവർ ആവാനും പാടില്ല വീട്ടിൽ ചെന്നിട്ട് ഇനി ഇവിടെ നിന്നൊക്കെ കേട്ടിട്ട് ചെന്നിട്ട് മോളൂ എന്തൊക്കെയാ വിശേഷം ഓനോ എന്തൊക്കെയാ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോ അവര് ആയിരിക്കും ഈ അമ്മയ്ക്ക് ഇത്രയും കാലത്തൊന്നും ഉണ്ടായില്ലോ എന്ത് പറ്റി ഈശ്വര ഒരു മാറ്റം അമ്മയെ വന്ന പട്ടിയും കടിച്ചു അവിടെ നിന്ന് ചോദിക്കും കാരണം പെട്ടെന്നൊക്കെ ഒരു സ്വഭാവ മാറ്റങ്ങളൊക്കെ വന്നിരിക്കണോ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ശ്രദ്ധിക്കുന്ന അപ്പൊ അതുകൊണ്ട് നമ്മള് വളരെ വളരെ വളരെ കൂളായിട്ട് ജീവിക്കാൻ സാധിക്കണം ഇതൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുകയും വേണം ഇതൊന്നും സീരിയസ് ആയിട്ട് മനസ്സിലെടുക്കരുത് ഇവരെയൊന്നും പ്രതീക്ഷ എന്നെ തിരിച്ചൊന്നും പറഞ്ഞത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് എങ്ങോട്ട് തിരിഞ്ഞോളാം സുഖാവില്ല ജീവിതം ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ സുഖാവോ ഇല്ലയോ ആ ഇനി അങ്ങനെയൊന്നും ജീവിച്ചു നോക്കൂ നിങ്ങൾ അപ്പം നിങ്ങളോട് പറയും ഭർത്താവിനെ കൂടാതെ വന്നവര് തിരിച്ചുപോയി ചെയ്തു നോക്കൂ നിങ്ങൾ ഭർത്താവ് പറയും എന്റെ ഭാര്യയ്ക്ക് എങ്ങനെയൊക്കെയുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതാണ് പിന്നെ അയാള് കൂടുതൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് കുരുങ്ങരുതെന്ന് മാത്രമാണ് പിന്നെ നിങ്ങൾ അന്യതാശരണം ആസ്തി എന്നുള്ളത് ഉണ്ടല്ലോ വിട്ടുപോകും ഒരമ്മ രണ്ട് മക്കളുണ്ടായിരുന്നു മരുമക്കളൊക്കെ വന്നപ്പോഴാണ് പ്രശ്നങ്ങളായത് ടീച്ചറായിരുന്നു റിട്ടയർഡ് ടീച്ചർ ഹസ്ബൻഡ് മരിച്ചപ്പോ ഇവരെ ഡിപ്പെൻഡ് ചെയ്യണം ഇപ്പൊ മൂത്ത മകൻ അവന്റെ കൂടെ കുറച്ചു കാലം താമസിച്ചപ്പോ മരുമകൾ പറഞ്ഞു ടീച്ചറായിട്ട് എന്ത് കാര്യം സംസ്കാരം വേണ്ടായിരുന്നു വേറെ കുറെ അവള് പുറത്താക്കുന്നുള്ള അവസ്ഥയെ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ മകളുടെ അടുത്ത് നിന്നു അധിക ദിവസം കഴിയാതെ അവിടുന്നും പുറത്തായി പുറത്തായില്ല പുറത്താവും കണ്ടപ്പോ നേരെ ഗുരുവായൂരിൽ വന്നു പിന്നെ ഗുരുവായൂരപ്പ അന്യഥാ ശരണം നാസ്തിരണം നമ തസ്മാൽ കാരുണ്യം അവിടെ റൂമൊക്കെ അടുത്ത് കൂടി ഭജനയും കാര്യങ്ങളൊക്കെയിട്ട് ഗുരുവായൂരപ്പ അന്ന് ബുദ്ധി ഉണ്ടായില്ല അന്ന് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളായാലൊക്കെ കഴിഞ്ഞുതാ വിചാരിച്ചത് ഇപ്പൊ കുട്ടികൾക്ക് കുട്ടികളായപ്പോഴേക്കും നമ്മളെ വേണ്ടാതെയായി ഇനി അവിടെ നിന്നല്ലാതെ ശരണില്ല എന്നൊക്കെ പറഞ്ഞു ഗുരുവായൂരപ്പനല്ലാതെ ശരണില്ല എന്നൊക്കെ ഉറപ്പിച്ച അപ്പോഴാണ് ആൺമക്കൾക്കൊരു വിചാരം അമ്മയുടെ കയ്യിലൊരു പത്ത് ലക്ഷം രൂപയുണ്ട് അമ്മ എങ്ങനെ ഗുരുവായൂരപ്പനെ വിട്ടുകൊടുത്താൽ അമ്മയുടെ അടുത്ത് നിന്നു ഒരാള് കാൽക്കലിരുന്നു കൈക്കലിരുന്നിട്ട് അമ്മയും പെൺകുട്ടികളല്ലേ ഇത്തിരി എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ അവർക്ക് ഇത്തിരി ഈഗോ ഒക്കെ ഉണ്ടാവും അമ്മ ടീച്ചറല്ലേ അമ്മക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാവണ്ടേ അമ്മ ഒരു കാര്യം ചെയ്യൂ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ആറുമാസം ഇവന്റെ വീട്ടില് ആറുമാസം എന്റെ വീട്ടില് ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം പിന്നെ അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം ഒരു ജോയിന്റ് അക്കൗണ്ട് അങ്ങ് തുടങ്ങിക്കൊള്ളോ ആ പിന്നെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ഞങ്ങൾ പൈസ വേണമെങ്കിൽ അയച്ച് നോക്കി എടുത്തോന്നാ പറ വേണമെങ്കിൽ അമ്മ ഒരു ഒസിത്തും കൂടി എഴുതി വെച്ചോളൂ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ അതൊക്കെ ഇങ്ങോട്ട് കേട്ട് അവര് മയക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു ഗുരുവായൂരപ്പനോട് അമ്മ പറയണെന്ന് ഗുരുവായപ്പ ഞാൻ പോയിട്ട് വരട്ടെ അന്യത് ആ ശരണം എന്നാന്നൊക്കെ പറഞ്ഞ പോയപ്പോ അപ്പൊ ഗുരുവായൂരപ്പൻ ഇങ്ങനെ നോക്കുകയാണ് എന്നെ തന്നെ ശരണം പ്രാപിച്ച അമ്മയാണ് എന്ന് അല്ല ഗുരുവായൂരപ്പ അവര് നോക്കാന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പത് ഒഴിവാക്കണോ ഇതാണ് നമ്മുടെ ഭക്തി എവിടെങ്കിലും ഇത്തിരി സ്നേഹം കിട്ടുമ്പോ അവിടെ നിന്ന് സ്നേഹം മാത്രല്ല കിട്ട ഇടയ്ക്കൊരു കഴുതകളുടെ സ്നേഹം കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ല കേദാർനാഥിൽ പോയി നോക്കൂ അവിടെ മ്യൂൾസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കഴുതിയും കുതിര അല്ലാത്ത സാധനം അതെപ്പോഴും ജോഡി ചേർന്നിട്ടേ പോലുള്ളൂ പെണ്ണ് ആദ്യം പോവും ആണ് പുറകിലോ അപ്പൊ ഈ ആണിടക്കിടയ്ക്ക് സ്നേഹിക്കാൻ പോവും പെണ്ണിന്റെ അടുത്ത് അതിന്റെ തല പോയിട്ട് ഇങ്ങനെ മുട്ടും കൂടുതൽ മുട്ടുന്ന സമയത്തുണ്ടല്ലോ പെണ്ണ് കാലുകൊണ്ട് ഒരോ ഒറ്റ ചവിട്ട് കൊടുക്കും തമാശയിലെ പോയി നോക്കും നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോഴും എന്നൊക്കെ പറഞ്ഞു ശബ്ദം രണ്ട് കുത്തൊക്കെ കുത്താൻ തിന്നണ്ട് വീണ്ടും അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ വീട് തല മുട്ടാൻ തിന്നു കൊടുക്കും കാല് കൊണ്ടൊന്ന് പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ അതിന് വല്ലാതെ കഴിഞ്ഞാൽ കഴുത ഓടാൻ തുടങ്ങും പെൺകഴുത പിന്നാലെ ആൺകഴുത ഓടും എന്താ നിങ്ങളൊന്നും പറയാത്തേ ഇതാണ് ജീവിതം ഇതുപോലെ ചിലർക്ക് ആണവും ഈ പറയണ്ടല്ലോ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ അങ്ങനെ പിന്നാലെ ഒട്ടി ഒട്ടി ഇപ്പൊ ചെറാകൊണ്ടാലും എന്നാൽ എന്റെ ഭാര്യയല്ലേ എന്റെ ഭർത്താവല്ലേ എന്നും പറഞ്ഞ് പോകും ഇങ്ങനെയൊന്നും പോവരുത് എന്നല്ല പറയുന്നത് മനസ്സിനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കും നമ്മുടെ ഏറ്റവും ശ്രദ്ധ ഏതിൽ തന്നെ വരണം മനസ്സിൽ തന്നെ വരണം അതിനെ നമ്മളെ പിടിച്ച് ആരിലേക്ക് തിരിച്ചൊടണം അപ്പം ലൗകിക ജീവിതം ഒരു പ്രശ്നമുണ്ടോ അവനി പോകുന്ന സമയത്ത് ഇതൊക്കെ മനസ്സിൽ വെച്ച് കൊള്ളണം ഈ ലോകത്തിൽ എല്ലാം പ്രകടിപ്പിക്കണം ലോകം പ്രതീക്ഷിക്കുന്നത് പ്രകടനങ്ങളാണ് അതാണ് നമുക്ക് നാലാമത്തെ അതി സ്കന്ധത്തില് ഈ ഭാഗവതത്തിൽ ദക്ഷന്റെ കഥയിലൂടെ പറഞ്ഞിരുന്നു ദക്ഷൻ സ്നേഹം ആദരവ് പ്രതീക്ഷിച്ചു ആരിൽ നിന്ന് ശിവനിൽ നിന്ന് അത് കൊടുത്തില്ല ശിവൻ അദ്ദേഹത്തിന് കോപം വന്നു ഒരു പക്ഷേ ശിവൻ രക്ഷനെ ആദരിച്ചിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടോ അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ ഓരോരുത്തരും നമ്മളിൽ നിന്ന് ആദരവ് പ്രതീക്ഷ സ്നേഹം പ്രതീക്ഷിക്കേണ്ട അതാ വേണ്ട സമയത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി നമ്മൾ കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയോ നമുക്കൊരു പേടി സ്നേഹിക്കുംതോറും ഇവർ നമ്മളെ കുഴപ്പത്തിലാക്കുവോ നമ്മൾ വല്ലാതെ അടുത്ത് കഴിഞ്ഞാൽ ഈ കുട്ടികളോടൊക്കെ ചില അച്ഛന്മാരെ സമീപനം അവരിങ്ങനെ പ്രകടിപ്പിക്കാമെന്നതിന് കാരണം പിന്നെ അവനെ കൊച്ചിച്ചാൽ പിന്നെ അവൻ ഭക്ഷണമാവെന്ന് പറയും പേടിയാണ് അവർക്ക് സ്നേഹം കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ എടുക്കേണ്ടി വരും അതിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും എന്നൊക്കെയുള്ളൊരു പേടി സ്നേഹം ഒരിക്കലല്ല നിങ്ങളെ കുഴപ്പമുണ്ടാക്കുന്നത് നിങ്ങളാ സ്നേഹത്തിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ വിട്ടുകൊടുക്കുമ്പോൾ അത് പോയി ഒട്ടിപ്പിടിച്ചു കളയും ഇവിടെ നമ്മൾ സ്നേഹത്തിനെയല്ല ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് മനസ്സിനെയാണ് അപ്പം ആമയെപ്പോലെ ജീവിക്കണം എന്നൊക്കെ എന്താ പറയാൻ കാരണം പ്രകടിപ്പിക്കുകയും വേണം ചീത പറയും വേണമെന്നോ പ്രകടിപ്പിക്കുകയും വേണം പിൻവലിപ്പിക്കുകയും വേണം ഈ ഒരു അഭ്യാസം നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാവും അഹം ആത്മാ ഗുടാകേശ സർവഭൂതാശയസ്ഥിത അഹമാദ്യം ച മദ്യം ചൂതാനാം വന്ദനേശ മറക്കരുത് ഈ ശ്ലോകം ഗീതയുടെ വലിയ എസൻസ് ഒരു ഭാഗമാണ്